ഹേശ്വര ഗുരുസക്ഷത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ ചാര്യപര്യന്തം വന്ദേ നമ്മള് ഇവിടെ കർമ്മത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മത്തിൻ്റെ തത്വം കർമ്മരഹസ്യം കർമ്മത്തെ സംബന്ധിച്ച് അവശ്യം മനസ്സിലാക്കേണ്ടുന്നത് വളരെ വിസ്തൃതമായൊരു മേഖലയിൽ ചിന്തിക്കാൻ സമയമില്ല പ്രസക്തമായത് മാത്രം അതിൽ എന്തിനീയൊരു വിഷയം ചിന്തിക്കണം എന്നാലോചിച്ചപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരു ഗീതാവാക്യത്തെ പഠിച്ചു കർമ്മണോഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ചികർമ്മണ ോധവ്യം ചേർത്ത് ഭഗവാൻ പറഞ്ഞു ഗഹനാ കർമ്മോ ഗതി കർമ്മത്തിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ് വികർമ്മത്തിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ് അകർമ്മത്തിൻ്റെ തത്വവും അറിയപ്പെടേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിൻ്റെ ഗതി വളരെ വളരെ ഗഹനമാണ് ഗഹനാ കർമ്മണോ ഗതി ഇവിടെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ സ്പഷ്ടമായി നമ്മളോട് പറഞ്ഞു തരും കർമ്മത്തിൻ്റെ ചെയ്യണ്ടുന്നതിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ് വികർമ്മത്തിൻ്റെ ചെയ്യരുതാത്തതിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ് അകർമ്മത്തിൻ്റെ ചെയ്യായികയുടെ തത്വവും അറിയപ്പെടേണ്ടതാണ് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും അതുപോലെ ചെയ്യായികയും ഇവയെക്കുറിച്ച് അറിഞ്ഞ് ജീവിക്കണം എന്ത് നമ്മൾ കർത്തവ്യത്തെ ആചരിക്കുന്നുണ്ടോ അത് ലൗകികമാകട്ടെ വൈദികമാകട്ടെ അറിഞ്ഞു ചെയ്യണം അറിഞ്ഞു ചെയ്യാതെ വരുമ്പോഴാണ് അനാചാരങ്ങളും ദുരാചാരങ്ങളും സംഭവിക്കുന്നത് അറിഞ്ഞു ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് തെറ്റിദ്ധാരണകളോടുകൂടെ അബദ്ധവിശ്വാസങ്ങളോടുകൂടെ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കർമ്മത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തൻ്റെ ഗീതോപദേശത്തിലൊരിടത്ത് ഭഗവാൻ പറഞ്ഞു ഇത്ര പറഞ്ഞിട്ടും തൃപ്തി വരാത്ത പോലെ തുടർന്ന് പറഞ്ഞു ജാശാസ്ത്രോ കർമ്മ കത്തുകൊണ്ട് േ നിനക്ക് കാര്യകാര്യവ്യവസ്ഥിതവും കാര്യത്തിൻ്റെയും അകാര്യത്തിൻ്റെയും വ്യവസ്ഥിതയിൽ ശാസ്ത്രമാണ് പ്രമാണം എന്താണ് കാര്യം കാര്യം കർത്തവ്യം ചെയ്യേണ്ടത് ചെയ്യപ്പെടേണ്ടത് അകാര്യം അകർത്തവ്യം ചെയ്യരുതാത്തത് അപ്പൊ ചെയ്യേണ്ടതിൻ്റെയും ചെയ്യരുതാത്തതിൻ്റെയും വ്യവസ്ഥിതിയിൽ നിനക്ക് ശാസ്ത്രമാകട്ടെ പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അറിവിനെ നൽകുന്നത് പ്രമാണം എന്നിട്ട് ഭഗവാൻ തുടർന്ന് പറഞ്ഞതോ ജ്ഞാത്വാശാസ്ത്രവിധാനോക്തം കർമ്മർത്ത ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ അറിഞ്ഞിട്ട് ഈ ലോകത്തിൽ കർമ്മം ചെയ്യാൻ നീ ബാധ്യതപ്പെട്ടിരിക്കുന്നു നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ് അപ്പം നമ്മളൊക്കെ നിരന്തരവും ലൗകികവും വൈദികവുമായ കർമ്മങ്ങളെ ചെയ്തു കൊണ്ട് കഴിയുന്നത് ലോകസിദ്ധങ്ങളും വേദവിഹിതങ്ങളും ഇതൊക്കെ ശാസ്ത്രവിധിക്ക് അനുസൃതമായിരിക്കണം ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം ഏതെങ്കിലുമൊക്കെ ശാസ്ത്രങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ആചാര്യന്മാർ ഋഷിമാർ നിർദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ അനുസരിച്ച് ജീവിക്കണം അനുസരിച്ച് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരർത്ഥമാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് പൂർവികന്മാർ പറഞ്ഞതിനെ അക്ഷരം പ്രതി അനുസരിച്ചോളണം മറുപടി പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല അനുസരിക്കേണ്ടുന്നത് പറഞ്ഞത് പൂർവികന്മാരാണെന്നുള്ളത് കൊണ്ടും അല്ല അനുസരിക്കേണ്ടത് മറിച്ച് നമുക്ക് ശാസ്ത്രങ്ങളെ ധർമ്മശാസ്ത്രങ്ങളെ ഉപദേശിച്ചു തന്ന ആചാര്യന്മാർ അവര് ഈ പ്രപഞ്ചവ്യവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ടാണ് ഉപദേശിച്ചത് വൈദിക ശാസ്ത്രങ്ങളെ ധർമ്മശാസ്ത്രങ്ങളെ ഉപദേശിച്ച ആചാര്യന്മാരൊക്കെ തന്നെ ഈ പ്രപഞ്ചവ്യവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ടാണ് ഉപദേശിച്ചത് അതുകൊണ്ട് അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല പറഞ്ഞത് തിരിച്ചറിവിൽ നിന്നാണെന്നുള്ളത് കൊണ്ട് പറഞ്ഞത് പ്രപഞ്ചവ്യവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണെന്നത് കൊണ്ട് പറഞ്ഞത് പ്രപഞ്ചത്താളത്തെ തിരിച്ചറിഞ്ഞതാണെന്നത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം നമ്മുടെയൊക്കെ ജീവിതം ഈ പ്രപഞ്ച താളക്രമത്തിന് ഭംഗമുണ്ടാക്കാത്ത വിധമായിരിക്കണം അതിനനുസൃതമായിരിക്കണം അതുകൊണ്ട് നമ്മൾ കർമ്മത്തിൻ്റെ രഹസ്യം അറിയണം വികർമ്മത്തിൻ്റെ അറിയണം അക്രമത്തിൻ്റെ അറിയണം പലപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുക എന്ന അകർമ്മ്യത തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അതെങ്ങനെ നോക്കൂ നമ്മള് കർമ്മത്തിലെ അധികാരമുള്ളു ഫലത്തിൽ നമുക്ക് അധികാരമില്ല കർമ്മ അധികാരസ്ഥ ആശയത്തെ ഇവിടെ പറയുന്നതിൻ്റെ ഒരു ഒരു ഉപക്രമമായിട്ട് അത് ഉപദേശിക്കപ്പെട്ട സാഹചര്യം ഇവിടെ പറഞ്ഞിരുന്നു എത്ര പേര് ഓർമ്മിക്കുന്നുണ്ട് എന്നറിയില്ല എന്നാലും പറഞ്ഞിരുന്നു അതായത് എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണറിൽ അഥവാ കുളത്തിൽ പ്രത്യേകിച്ച് താത്പര്യമൊന്നുമില്ല അതേപോലെയാണ് വേദത്തിലും വൈദിക കർമ്മങ്ങളിലും സർവജ്ഞന് എന്ന് ഒരു സർവജ്ഞനായ മഹാപുരുഷനെ സംബന്ധിച്ച് വിജ്ഞാനിയായ മഹാപുരുഷനെ സംബന്ധിച്ച് ഒന്നുകൂടി ശുദ്ധമായ ശാസ്ത്ര സിദ്ധമായ ഭാഷ പറഞ്ഞാൽ ജീവൻ മുക്തനായ മഹാപുരുഷനെ സംബന്ധിച്ച് അവൻ കൃതാർത്ഥനാണ് കൃതാർത്ഥനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ കൃതാർത്ഥനാണ് മരിച്ചിട്ടല്ല കൃതാർത്ഥനാവുന്നത് മരിച്ചിട്ടാണ് കൃതാർത്ഥതയെങ്കിൽ ആ കൃതാർത്ഥതയെ നമുക്ക് ഉപദേശിക്കാനാരു മരിച്ചവനല്ല നമുക്ക് ഉപദേശിക്കുന്നത് ജീവനുള്ളവനല്ലേ ഇപ്പൊ ജീവനുള്ളവൻ അനുഭവിച്ചതല്ലേ ഉപദേശിക്കുന്നത് അനുഭവിക്കാത്തത് ഉപദേശിച്ചാൽ എന്ത് ശക്തി അതിനുള്ളത് ഇപ്പൊ കൃതാർത്ഥത മരണാനന്തരമല്ല ജീവിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ കൃതാർത്ഥതയിലേക്ക് ഉയർന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് നമേ പാർത്ഥാസ് കർത്തവ്യം ത്രിശു ലോകേഷു കിഞ്ചന ഹേ അർജുന എനിക്ക് മൂന്ന് ലോകങ്ങളിലും യാതൊരു കർത്തവ്യവുമില്ല എന്തുകൊണ്ട് ന അനവാപ്തം അവാപ്തവ്യം നനവാപ്തം ഞാൻ നേടാത്തതായ ഒന്നുമില്ല അവാപ്തവ്യം നേടേണ്ടതായും ഒന്നുമില്ല എനിക്കെന്തൊക്കെയോ നേടേണ്ടതുണ്ട് അഥവാ ഞാൻ ഇന്നിന്നത് നേടിയില്ലല്ലോ ഈ രണ്ട് ചിന്തകളിൽ നിന്നാണ് ക്രിയാവ്യാപാരം വരുന്നത് അതിനെ നേടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും എനിക്കില്ല എന്ന് ഭഗവാൻ സ്വയം ആ ഒരു കൃതാർത്ഥതയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൃതാർത്ഥനായ ഒരു ജീവൻമുക്ത മഹാത്മാവിനെ സംബന്ധിച്ച് ഒന്നും കർത്തവ്യ ഇല്ല എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുമ്പോൾ ഒരാൾക്ക് കിണറിൽ കുളത്തിൽ ഒരു താത്പര്യവും ഇല്ലാത്തതുപോലെ അയാൾക്കും വേദത്തിലും വൈദിക കർമ്മങ്ങളിലും ഒരു താത്പര്യവും അയാൾ ഹോമം ചെയ്യാനോ പൂജ യാഗം ചെയ്യാനോ ഇനി എന്തെങ്കിലും ഫലവിശേഷം ആഗ്രഹിച്ചു കൊണ്ടുള്ള എന്തെങ്കിലും കർമ്മം ചെയ്യാനോ പുറപ്പെടുന്നില്ല അത് കൃതാർത്ഥനാണ് കൃതാർത്ഥനാണ് ഇങ്ങനെയുള്ള കൃതാർത്ഥൻ സ്വാഭാവികമായി ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇത് അകർമ്മണ്യതല്ല വിജ്ഞാനിയുടെ സർവകർമ്മങ്ങളും കൊഴിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥാവിശേഷം യാതൊരു കർമ്മത്തെയും ആചരിക്കാത്ത അവസ്ഥാവിശേഷം അത് അകർമ്മണ്യതയല്ല മറിച്ച് അത് നൈഷ്കർമ്മ്യമാണ് നൈഷ്കർമ്മ്യമാണ് ഒരു വഴിവക്കിൽ രണ്ട് വൃക്ഷങ്ങൾ രണ്ടിലും പൂവില്ല കായല്ല പഴമില്ല ഒരു വഴിപോക്കൻ ഈ രണ്ട് വൃക്ഷങ്ങളെയും കണ്ടു അയാൾ വിചാരിച്ചു ഈ രണ്ട് വൃക്ഷങ്ങളിലും പൂവില്ല കായില്ല പഴമില്ല അതുകൊണ്ട് ഇവ രണ്ടും ഒരുപോലെയാണ് വാസ്തവത്തിൽ അവ രണ്ടും ഒരുപോലെ അല്ല ഒന്ന് മുൻപ് പൂത്തതാണ് കാഴ്ചതാണ് നിറയെ നിറയെ ഫലിച്ചതാണ് ആ ഫലം നാട് മുഴുവൻ പ്രചരിച്ച് ലക്ഷോപലക്ഷം അതേ വൃക്ഷത്തിൻ്റെ തൈകൾ ചെടികൾ വൃക്ഷങ്ങളായി വളർന്നതാണ് ഒന്ന് പൂത്തിട്ടേ ഇല്ല കായ്ച്ചിട്ടേ ഇല്ല ഫലിച്ചിട്ടേയില്ല ഇപ്പോൾ നോക്കുമ്പോൾ രണ്ടിലും കായല്ല പൂവില്ല പഴമില്ല എന്നുള്ളത് സമാനമാണെങ്കിലും അവയുടെ പൂവും കായയും ഇല്ലാത്ത അവസ്ഥ സമാനമല്ല ഒന്ന് കൃതാർത്ഥതയിലുള്ള രണ്ട് അകൃതാർത്ഥതയിലുള്ള അഭാവമാണ് വിജ്ഞാനിയുടെ ജീവൻ മുക്തൻ്റെ സർവജ്ഞൻ്റെ കർമാഭാവം കൃതാർത്ഥതയിൽ നിന്നു വരുന്ന കർമാഭാവമാണ് അല്ലാത്തൊരാളുടെ കർമ്മം ചെയ്യായിക അലസതയിൽ നിന്നോ മന്ദതയിൽ നിന്നോ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ചിന്തയിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്ന കർമാഭാവമാണ് രണ്ടും ഒന്നല്ല ഒന്ന് കൃതാർത്ഥൻ്റെ ആ ഭാവ ഭാവമാണ് മറ്റൊന്ന് ആ കൃതാർത്ഥൻ്റെ ഭാവമാണ് അപ്പം ഇവയെ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തിരിച്ചറിയണം കർമ്മമറിയണം വികർമ്മമറിയണം അകർമ്മം അങ്ങനെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ കർമ്മത്തിൻ്റെ നിയമത്തെക്കുറിച്ച് അറിയണം കർമ്മത്തിന് സ്വാഭാവികമായി സംസ്കാരങ്ങളും സംസ്കാരങ്ങൾക്ക് വാസനകളും ഉണ്ടാവുന്നുണ്ട് വാസനാപ്രേരിതരായി വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും അങ്ങനെ അനുസ്യൂതം അവിരാമം തുടരുന്ന കർമ്മചക്രത്തിൽ നമ്മൾ പെട്ടുപോകും കർമ്മബന്ധനത്തിൽ നമ്മൾ അകപ്പെടും അപ്പൊ ചിന്തിച്ചു എങ്ങനെ കർമ്മമല്ല നമ്മളെ ബന്ധിക്കുന്നതെന്നും കർമ്മത്തോട് ബന്ധപ്പെട്ട മമത്വമാണ് നമ്മളെ ബന്ധിക്കുന്നതെന്നും ചിന്തിച്ചു എങ്ങനെയും മമത്വത്തെ അതിക്രമിക്കാം അഥവാ നമ്മളെ ബന്ധിക്കുന്ന കർമ്മത്തെ തന്നെ എങ്ങനെ ബന്ധിക്കാത്തതാക്കി തീർക്കാം ആ ചർച്ചയാണ് നമ്മളെ കർമ്മയോഗത്തെ കുറിച്ചുള്ള നിരൂപണത്തിലേക്ക് നയിച്ചത് കർമ്മയോഗം ബലകാമനാരഹിതമായി കർമ്മം ചെയ്യുന്നതിനെ കർമ്മയോഗം എന്ന് പഠിച്ചു മാത്രമല്ല സാധാരണഗതിയിൽ കർമ്മബന്ധർ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കർമ്മമല്ല നമ്മളെ ബന്ധിക്കുന്നതെന്നും കർമ്മത്തിലുള്ള നമ്മുടെ മമത്വമാണെന്നും പറഞ്ഞു അതുകൊണ്ട് ബന്ധിക്കപ്പെടാതിരിക്കുക എന്നുള്ളതിന് ശരിയായ മനോഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യം എങ്ങനെയാ മനോഭാവം നേടിയെടുക്കുക അവിടെയാണ് നമ്മൾ ഈശ്വരാർപ്പണ ബുദ്ധി എന്ന് പറഞ്ഞത് ഈശ്വരാർപ്പണ ബുദ്ധി എപ്പോ വന്നോ അത് കർമ്മയോഗമായി ഈശ്വരാർപ്പണ ബുദ്ധി എപ്പോൾ കർമ്മത്തിൽ വന്നുവോ അപ്പൊ ഫലങ്ങളെല്ലാം പ്രസാദങ്ങളായി എല്ലാ കർമ്മഫലങ്ങളും പ്രസാദങ്ങളും അങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധി എങ്ങനെ ഈശ്വരനർപ്പിക്കാൻ വെറുതെ പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ ഇപ്പോഴാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം പഠിച്ചു ഇവിടെ യഥൃത്തിർഭൂതാനം സർവമിതം തത് സ്വകർമ്മ സിദ്ധിം മാനവ എവിടെ നിന്നാണോ സകല ഭൂതങ്ങളുടെയും ആവിർഭാവം എന്തിൽ എന്തിനാൽ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ എന്തിലേക്ക് എല്ലാത്തിൻ്റെയും വിലയം അതെന്താണ് അപ്പോൾ അതിൻ്റെ വിശദമായ ചിന്തനത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മഹാകർമ്മം ഈശ്വരീയമായൊരു നിയമക്രമം അനുസരിച്ച് സംഭവിക്കുന്നതാണെന്ന് പഠിച്ചു അതിൻ്റെ ചെറിയ അംശങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിമിതമായ അഹങ്കാരം വച്ചിരിക്കുന്നതിന് അർത്ഥമില്ലെന്നും ഈ പ്രപഞ്ചത്തിലെ സമഷ്ടിയിലെ മഹാകർമ്മങ്ങളുടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് എന്നതുകൊണ്ട് ഭഗവാനെ ഇതെല്ലാം അവിടുത്തെ മഹാകർമ്മത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് കൈവരുന്നുവെന്നും ഈ തിരിച്ചറിവ് ഈശ്വരാർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കുന്നെന്നും പറഞ്ഞു ഏറ്റവും പ്രധാനം നമുക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ ഫലത്തിൽ അധികാരമില്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത അങ്ങനെ ഫലകാമനരഹിതരായി കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് സമബുദ്ധി നിലനിൽക്കും സിദ്ധി അസിദ്ധിയോഹോ സമഹാഭൂത്വ സമത്വം യോഗ ഉചിതേ പഠിച്ചു നമ്മൾ സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവത്തോടു കൂടിയുള്ള യാതൊരു സമത്വമുണ്ടോ അതാണ് യോഗം എന്ന് ഈ സമത്വത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം ശരിയാണ് സമത്വത്തോടു കൂടി ജീവിക്കണം എങ്കിൽ തന്നെയും നമ്മളൊക്കെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരല്ലേ അതെ അപ്പം അതത് മേഖലകളിൽ നമുക്ക് വിജയിക്കണ്ടേ തീർച്ചയായിട്ടും വേണം വിജയിക്കട്ടെ വിജയിക്കാതിരിക്കട്ടെ വേറെ വിഷയം അതിനാൽ ബാധിക്കപ്പെടരുത് പക്ഷേ വിജയിക്കാൻ നമ്മൾ പരിശ്രമിച്ചിരിക്കണം ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും അവിടെ ഏറ്റവും പ്രധാനം കർമ്മഫലം എങ്ങനെ സിദ്ധമാകുന്നു എന്നുള്ളത് പഠിക്കണം അതിവിടെ നമ്മൾ ചിന്തിച്ചു അധിഷ്ഠാനം തഥാ കർത്ത കരണം ചിധം വിവിധം പഞ്ചമം എന്ന് വിശദമായി ചിന്തിച്ചു ഈ അഞ്ച് ഘടകങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം കർമ്മം ചെയ്യാൻ അപ്പൊ ഭംഗിയായിട്ട് ചെയ്യാനും പറ്റും അതിനാൽ ബന്ധിക്കപ്പെടുകയും ശരിയായ അറിവോടുകൂടി ചെയ്യും ഒരു കർമ്മത്തിന്റെ വിജയത്തിന് എന്തെല്ലാം ഘടകങ്ങളാണെന്ന് ശരിക്കും മനസ്സിലാക്കി അവയെ പാലിക്കുക നിലനിർത്തുക വളരെ ശാസ്ത്രീയമായി വിശദമായി ചിന്തിക്കേണ്ടതാണ് അധിഷ്ഠാനം കർത്ത കരണം ചേഷ്ട്രേഷ്ടകള് ദൈവമെന്ന് ഞാൻ ചേണം അതിനെ കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കർമ്മ മേഖലയിൽ പരാജയപ്പെടില്ല അതോടൊപ്പം പ്രധാനമാണ് ശുദ്ധ സങ്കല്പം കർത്താവിനുണ്ടാവുക എന്നത് കർത്താവിന്റെ സങ്കല്പം ശുദ്ധമായിരിക്കണം അവിടെ നമ്മള് ഈ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുമ്പോൾ ുഖം ദുഃഖം മോഹം എന്നിങ്ങനെയുള്ള മൂന്ന് ഫലങ്ങളെക്കുറിച്ച് ആലോചിച്ചു സുഖം അതാണല്ലോ എല്ലാരും ആഗ്രഹിക്കുന്നത് ദുഃഖം ആരും ആഗ്രഹിക്കണില്ല ഉണ്ടോ ആരെങ്കിലും ദുഃഖാഗ്രഹിക്കണ്ടോ ഇല്ല ആരും ദുഃഖാഗ്രഹിക്കുന്നില്ല എല്ലാരും സുഖമാണ് ആഗ്രഹിക്കുന്നത് സുഖം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല സത്വത്തിൻ്റെ കാര്യമാണ് ദുഃഖം രജസിൻ്റെ കാര്യമാണ് മോഹം തമസ്സിൻ്റെ കാര്യമാണ് അതുകൊണ്ട് ദുഃഖമോഹങ്ങളില്ലാതെ സുഖം നേടാൻ കഴിയണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കർമ്മങ്ങള് സത്വികമായിരിക്കണം അപ്പം സത്വിക കർമ്മം എന്താണെന്ന് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു സത്വികമായിരിക്കണം നമ്മുടെ കർമ്മം നിയതം സംഘരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേംസുനാ കർമ്മത്വികമൊച്ച നമ്മൾ ഇന്നലെ അതാണ് കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞത് അതുപോലെ പ്രധാനമാണ് കർത്താവ് ഞാൻ ഇവിടെ കർത്താവ് എന്ന് പറയുമ്പോൾ ഏതോ ലോകത്തിരിക്കുന്ന ആളെന്ന് വിചാരിക്കരുതേ എൻ്റെ കർത്താവേ എന്നു പറഞ്ഞിട്ട് മുകളിലേക്കാണ് നോക്കുന്നത് കർത്താവ് മോളിലല്ല നമ്മൾ തന്നെയാണ് കർത്താവ് ക്രിയയെ ചെയ്യുന്നവനാരും അവനാണ് കർത്താവ് ക്രിയ ചെയ്യുന്നത് ഞാനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ പറയുക എന്ന ക്രിയെ ചെയ്യുന്നു കേൾക്കുക എന്ന ക്രിയയെ ചെയ്യുന്നു കർത്താവ് ചെയ്യുന്നവൻ ശരീരം കൊണ്ടും വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുന്നവൻ കർത്താവ് സാത്വികനായിരിക്കണം കർത്താവ് സാത്വികനായാലേ കർമ്മവും ഫലവും സുഖപ്രദമാകും ഇപ്പൊ കർത്താവ് രാജസികനാകുന്നുവോ സ്വാഭാവികമായി ദുഃഖഫലമാണത് ഉണ്ടാക്കി തീർക്കുക എപ്പോൾ കർത്താവ് താമസികനാകുന്നുവോ മോഹഫലമാണത് ഉണ്ടാക്കി തീർക്കുക അതുകൊണ്ട് സുഖമാഗ്രഹിക്കുന്നവർ മറ്റെല്ലാ ഘടകങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ല ഞാനാകുന്ന കർത്താവ് സത്വിക ഭാവത്തിൽ പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കണം അര സാത്വിക കർത്താവ് വളരെ വിശദമായി ചിന്തിക്കാം എങ്കിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മുക്തസംഗോനഹംവാദി ധൃത്യുസാഹസമന്വിതോ നിർവികാര ക ഇതാണ് സാത്വിക കർത്താവിൻ്റെ ലക്ഷണം അനഹംവാദി ധൃത്യുസാഹസമന്വേഷിയോ നിർവികാര ലക്ഷണങ്ങളാണ് പറയുന്നത് ഒഴിഞ്ഞവൻ സംഘമൊഴിഞ്ഞവൻ നമ്മൾ സംഘത്തെക്കുറിച്ച് വിശദമായി ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാ സംഘം കടന്ന് കൂടുന്നത് ട്രെയിനിൽ പോകുമ്പോൾ വഴിയിൽ തേങ്ങ പറയ്ക്കണത് ടോപ്പിൽ തേങ്ങ പറയ്ക്കണത് കണ്ടിട്ട് ഇത്ര പറഞ്ഞ അഭിപ്രായത്തോട് സംഘം എന്നാലോചിച്ചു നമ്മൾ നേരിട്ട് അനുഭവിച്ചതാ നേരിട്ട് കണ്ടതാ എന്ന് മാത്രമല്ല അവരെ പിടിച്ചു മാറ്റാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൂടെ പരിശ്രമിച്ചിട്ടുണ്ട് മുമ്പൊരിക്കലൊരു സ്ഥലത്തുനിന്ന് ഒരു പ്രഭാഷണം നടക്കാണ് ഏകദേശം സമയത്രയായി എന്നൊരു ധാരണ എന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ചോദിച്ചു അല്ല അപ്പൊ സമയത്ര ആയിട്ടുണ്ടാവും മുമ്പിൽ ഒരാൾ പറഞ്ഞു എട്ട് മണിയായി ട്ടാവാൻ സാധ്യതയില്ല നമ്മളൊരു കണക്കനുസരിച്ച് അത്രയായി ഇത്ര ആയിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞേയുള്ളൂട്ട് ചൂടായി മുഖൊക്കെ ഇങ്ങോട്ട് ചുമന്ന് തൊടുത്തു അപ്പൊ വേറൊരാള് വിളിച്ചു പറഞ്ഞു ആൾ ചോദിച്ചിട്ടൊന്നും ഒരാൾ വിളിച്ചു പറഞ്ഞു ഇല്ല സ്വാമി ശരിയാ പറഞ്ഞത് എട്ടായിട്ടില്ല ഏഴര കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇയാൾ തുടങ്ങി ഇയാൾക്ക് എന്ത് അവമാനം പറ്റിയ പോലെ ൂ നിങ്ങൾ തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളിരിക്കുന്ന ശരീരം ആ ശരീരത്തിലെ ഒരു അവയവമായ കയ്യ് ആ കൈയിൽ കെട്ടിയ ഒരു ഉപകരണം ആ ഉപകരണത്തിന്റെ രണ്ട് സൂചികൾ കാണിക്കുന്ന ദിശകൾ തെറ്റാന്നേ പറഞ്ഞുള്ളൂ നിങ്ങൾ എന്തിനാ മുഖം പാട്ടുന്നേ നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞു ആ എന്നാ ആലോചിച്ച് നോക്കൂ എങ്ങനെയൊക്കെയാ സംഘം വരുന്നത് അറിയില്ല ഈ സംഘം വരുന്ന വരവ് ഇവിടുന്ന് ഇവിടെപ്പോ ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു കസാരിയൊന്നുമില്ല പിന്നെ പറയാം പ്രഭാഷണം ചെയ്യുന്ന ആള് ചിദാനന്തപുരസ്വാമി ആയതുകൊണ്ട് ഈ സ്റ്റേജിലിട്ട കസേര രണ്ടു മണിക്കൂർ നേരത്തേക്ക് ചിദാനന്തപുരസ്വാമിക്കുള്ളതാന്ന് വേണമെങ്കിൽ പറയാം ശരി ഒരാൾ എഴുന്നേറ്റ് പോയി എന്തോരാവശ്യത്തിന് തിരിച്ചു വരുമ്പോ താൻ ഇരുന്ന കസേരയിലൊരാൾ ഇരിക്കണോ ആ എന്താ നീ എന്താണ് എന്റെ കസേര കയറിയിരുന്നത് ചിലപ്പോ ഈ സദസ്സിന്റെ ഔചിത്യം മാനിച്ചു കൊണ്ട് ചോദിച്ചില്ലെന്ന് വന്നേക്കാം എന്നാലും മനസ്സിലൊരു വിചാരം ഞാൻ ഇരുന്നെടുത്ത് എന്റെ കസേര ഞാൻ ഇക്കത്തിനാവുമ്പോൾ പോയി ഇരുന്നാണ്ടേ അസത്ത് എങ്ങനെയാ എന്റെ വരുന്നത് അപ്പൊ ഒരു നിമിഷം നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഈ എൻ്റെയിലുള്ള അർത്ഥമില്ലായ്മ നമുക്ക് മനസ്സിലാവും ഒരു നിമിഷം ചിന്തിച്ചാ മതി അധികം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അധികം ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല ശാസ്ത്രീയമായിട്ട് മനുഷ്യന്റെ സ്ഥിതിയെ കുറിച്ച് ജീവജാലങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാ മതി സസ്യമിവ മർത്യ പരിചയതേ സസ്യം ഇവായതേ പുനഃ പുല്ല് വേനൽക്കാലത്ത് ഉണങ്ങണ പോലെ ഉണങ്ങി പോകുന്നു അടുത്ത മഴക്കാലത്ത് തണുത്ത് പൊന്തണ പോലെ വീണ്ടും അത്രേ ഉള്ളു ഇതൊക്കെ ഇങ്ങനെ വിചാരം ചെയ്തോ ഈ അഹങ്കാര സംഘം മമത്വ സംഘം ഇതിലെ നിരർത്ഥകത മനസ്സിലാക്കുക ഒരർത്ഥവും ഇല്ലാത്തവ എന്റെ ഇതിൻ്റെ ഫലം എനിക്ക് ഇതിന്റെ ഫലം എനിക്ക് ഇതിന്റെ ഫലം എനിക്ക് എനിക്ക് ഇല്ലാത്ത വേറെ ആർക്കും വേണ്ട എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച ഫലം എനിക്ക് കിട്ടാത്ത പക്ഷം പിന്നെ വേറെ ആർക്കും വേണ്ട പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നൊരു പ്രതിഭാസം പറയാം പല കമ്മിറ്റികളിലും പലതിലൊക്കെ നേതൃത്വസ്ഥാനത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കും ചില ആൾക്കാർ വളരെ സ്തുത്യർഹമായ രീതിയിൽ അത് കഴിഞ്ഞ് എന്തെങ്കിലും കാരണവശാലവിടുന്ന് ആ കമ്മിറ്റീന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയായി സമൂഹത്തിൽ പലപ്പോഴും കാണുന്നതാണ് ഇവിടെ ഈ നടുവണ്ടൂരങ്ങനെ ഉണ്ടാകില്ല കേട്ടോ ഇരിക്കണ ആർക്കും അങ്ങനത്തെ ചിന്തകളില്ല പക്ഷെ പൊതുവെ സമൂഹത്തിൽ കാണുന്നൊരു പ്രതിഭാസം സൂചിപ്പിച്ചു എന്ന് മാത്രം പലപ്പോഴും കാണാറുണ്ട് സംഘത്തിന്റെ ഒരു പോക്ക് നോക്കും അപ്പൊ വിചാരം കൊണ്ട് ഈ സംഘത്തെ ജയിച്ചവൻ മുക്തസംഘ മുക്തമായ സംഘത്തോട് കൂടിയവൻ സംഘമൊഴിഞ്ഞവൻ അനഹംവാദി അനഹംവാദി അഹംവാദിയല്ലാത്തവൻ ഈ അഹംവാദി പറഞ്ഞാൽ നമുക്ക് ചില ആൾക്കാരെ കാണാം എന്ത് പറയുമ്പോഴും ഞാൻ ചെയ്തു ഞാനത് ചെയ്തു ഞാനത് ചെയ്തു ഞാനായിരുന്നു ഞാനതായിരുന്നെങ്കിൽ ഞാനുള്ള സമയത്ത് അങ്ങനെയായിരുന്നു ഞാൻ പോയൊക്കെ മോശായി ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാനാണ് എപ്പോഴും മികച്ചു നിൽക്കുന്നത് ഒരു വിരോധമില്ല പക്ഷേ ഞാൻ ഒരു കർമ്മത്തിന്റെ പേരിൽ എന്നെ പ്രശംസിക്കുന്നതിൽ ഒരു വിരോധവും അതേപോലെ വേറൊരാൾ കർമ്മം ചെയ്താൽ അയാളെ പ്രശംസിക്കാനും ഏതെങ്കിലും ഒരു കർമാചരണത്തിൽ ഒരാൾ നിന്ദനീയമാകും വിധം തെറ്റ് ചെയ്താൽ അയാളെ നിന്ദിക്കുന്നത് പോലെ ഞാൻ ചെയ്യുമ്പോൾ എന്നെയും നിന്ദിക്കുമെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊരു കുഴപ്പമില്ല തന്നെ പ്രശംസിച്ചാലും കുഴപ്പമില്ല തന്നെ നിന്ദിച്ചാലും കുഴപ്പമില്ല ഇതല്ല എല്ലാത്തിനും തൻ്റെ മികവ് പറയുക അതാണ് അഹംവാദി ഞാൻ അങ്ങനെയാക്കി ഞാൻ ഇങ്ങനെയാക്കി എല്ലാത്തിലും ഞാൻ സന്ദർഭം ഉണ്ടാക്കിട്ട് പറയും അതാണ് അഹംവാദി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞു കർത്താവ് ആണല്ലോ പണിയെടുക്കുകയാണ് കാര്യം നിർവഹണത്തിന് വേണ്ടിയിട്ട് ഇത് ഞാനാണ് ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പടപ്പാടുപാടും അഹംവാദി ഒരിക്കൽ നമ്മളെ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രഭാഷണത്തിനെ വിളിച്ചു ഒരു ക്ഷേത്രത്തില് ഒരു ശിവക്ഷേത്രം സംഘാടകര് ശിവക്ഷേത്രം എന്നാണ് പറഞ്ഞത് അതിനോട് ചേർന്നൊരു ഹാളുണ്ട് അവിടെയാണ് പ്രഭാഷണം ഒരു ചെറിയൊരു റോഡ് വീതി കുറഞ്ഞ റോഡ് അവിടുന്ന് ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റ് ആ ഗേറ്റിൻ്റെ മുകളിൽ ചെറുതാക്കിയിട്ട് ഓം നമശിവായ എഴുതിയിട്ടുണ്ട് വലുതാക്കിയിട്ടോ വാല്യു എഴുത്തല്ലോ ഏതൊരു പേര് രാമചന്ദ്രൻ വകുന്നോ എന്തോന്ന് എഴുതി വച്ചിട്ടുണ്ട് വാല്യു എഴുത്താൽ നമ്മൾ ചോദിച്ചു അപ്പൊ തന്നെ ചോദിച്ചു അല്ല നിങ്ങൾ ശിവക്ഷേത്രം എന്നല്ല നമുക്ക് വേദന ക്ഷേത്രമായാലും കണക്ക് തന്നെ എന്നാലും നിങ്ങൾ പറഞ്ഞ ശിവക്ഷേത്രം എന്നാണല്ലോ ഇതിപ്പോ കണ്ടു നോക്കുമ്പോൾ രാമേന്ദ്രന്റെ ക്ഷേത്രമാണല്ലോ ആ വലുതാക്കിയിട്ട് ശിവക്ഷേത്രത്തിന് എഴുതിയതിനേക്കാൾ വലുതാക്കിയിട്ട രാമേന്ദ്രം വക മറ്റാള് ഒരാനയെ നടക്കിയിരുത്തി അമ്പലത്തിലേക്ക് ആനയുടെ പുറത്ത് എഴുതാൻ പറ്റുമോ ഇല്ല ഒന്നും എഴുതാൻ പറ്റില്ല അയൽവാസി ഒരു മണി സംഭാവന ചെയ്തു ആനയ്ക്ക് അതിന്റെ മുകളിൽ വലുതാക്കിട്ട് എഴുതി രാമനായർ ണി തൂക്കി നടക്കെ ആന അപ്പൊ കാണുന്നവരൊക്കെ രാമന്നായവനാണല്ലോ കാരണം അത് മണി സമർപ്പിച്ചില്ല ഈ മണി സമർപ്പിച്ച രാമന്നായിരുന്നു കഴുകിട്ടില്ല മണി പോലെ എഴുതിയ രാമന്നായർ പോകാം ആനേന്റെ പുറത്ത് എഴുതാൻ പറ്റും അഥവാ എഴുതിയാത്ര നൂറാവശ്യം കുളിപ്പിക്കുമ്പോൾ പോവും ചിലപ്പോ സമർപ്പണ ദിവസം എഴുതാൻ സാധിച്ചേക്കാം എന്നാൽ അമ്മ ഈ സമർപ്പിച്ച ആള് നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അതും വേണമല്ലോ പറയാം കാരണം അയാൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു നമുക്കറിയില്ല ആൾക്കൂട്ടത്തിലുണ്ട് ചിന്താണ്ട് സമയം സ്വീകരിക്കാൻ നിൽക്കുന്ന കൂട്ടത്തിൽ അയാൾ ഉണ്ടായിരുന്നു അപ്പോൾ അയാളെ കണ്ണ് തുറപ്പിച്ചു അത് നിങ്ങൾ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എടുത്തു സാമി പറഞ്ഞല്ലോ എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു ഞാനത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ നല്ലൊരു ഡോറ് ഞാൻ ഈ ഗേറ്റ് എടുത്ത് മാറ്റിയിട്ട് നല്ലൊരു ഗേറ്റ് സംഭാവന ചെയ്യാൻ പോവാണ് പേരെഴുതാതെ സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാണ്ട് എന്താ കാരണം കീർത്തനേനെ ദാനപുണ്യം വിനശതി കീർത്തിക്കുന്നതിലൂടെ നീ ചെയ്ത ദാനത്തിന്റെ പുണ്യം പോലും പോവും എന്നോടുള്ള സ്നേഹം കൊണ്ടാ പറഞ്ഞ അല്ലാണ്ട് വേറൊന്നും ഉണ്ടല്ല അഹംവാദി ഞാനാതൊക്കെ ചെയ്യുന്നത് ഞാൻ അങ്ങനൊക്കെ ചെയ്യുന്നത് അറിയിക്കാനുള്ള ഒരു പടപ്പാട് അതില്ലാണ്ടിരിക്കുക അനഹംവാദി മുക്തശങ്ക അനഹംവാദി ധൃത്യു സമന്വിതവും ചേർന്നവൻ ധൃതിയും ഉത്സാഹവും ചേർന്നവൻ ധൃതി ധൃതി എന്ന് പറഞ്ഞപ്പോ ധൃതി മലയാളത്തിൽ പറയാൻ ഒറ്റവാക്ക് ഒറ്റവാക്ക് ഇല്ല ധൃതി ഈ മലയാളത്തിൽ ധൃതി പറയാറുണ്ട് അതല്ല മലയാളത്തിലേക്ക് പോകാൻ ധൃതി ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അതല്ല തിരക്ക് എന്നുള്ള അർത്ഥത്തിലാണ് സംസ്കൃതത്തിൽ ധൃതി പറഞ്ഞാൽ തിരക്കല്ല അപ്പോ വേണമെങ്കിൽ നമുക്ക് തൻ്റെ പറയാം വേണമെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വാക്ക് മനക്കരുത്ത് എന്ന് പറയാം മനക്കരുത്ത് മനക്കരുത്ത് അത് ധൃതി എന്നുവെച്ചാൽ എങ്ങനെയാ പറയ ഒരു ഒരാൾക്ക് എന്തെങ്കിലും കഠിനമായ രോഗം വന്നു എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വല്ല മുറിവുകൾ പറ്റുകയോ ക്ഷതം പറ്റോ ഒക്കെ ചെയ്തു ഇല്ലാതെ സാധാരണഗതിയിൽ ഒരാൾ അങ്ങ് തളർന്നു പോണ്ടതാ പക്ഷെ ആ മനക്കരുത്തു കൊണ്ട് പിടിച്ചു നിൽക്കാനും എഴുന്നേറ്റ് നിൽക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനും തൻ്റെ ആ ഒരു ഒരു ഒരു വ്യക്തിത്വത്തിന് ഹാനി വരാതെ നോക്കാനുള്ള ഒരു കഴിവില്ലേ അതിന് പറയുന്ന പേരാണ് ധൃതി നമുക്ക് പരിചയമുള്ള ഒരാൾ അദ്ദേഹം ഒരു പുതിയ വീടുണ്ടാക്കുന്നു അപ്പോൾ വീടുണ്ടാക്കുമ്പോൾ മൊത്തം കോൺക്രീറ്റ് വീടാണ് അതിൽ കോൺക്രീറ്റ് മൊത്തം പിടുത്തം ഇല്ലാത്ത ജാതിയിൽ മുമ്പിൽ പോർച്ചുണ്ടാക്കി അത് ചുമലൊക്കെ കാണി അടിച്ച് കയറ്റി കമ്പി അടിച്ച് കയറ്റിയിട്ടാണ് വറുത്തത് ഇയാള് നനയ്ക്കാൻ പോവും നോക്കുകയൊക്കെ ചെയ്യും ഒരു ദിവസം ഇയാള് കുത്തൊക്കെ ഒന്ന് ഇളക്കിയപ്പോൾ ഇതൊന്നായിട്ട് പോകണം ഇയാളെ അദ്ദേഹത്തിൽ കൂടെ എത്ര ടണ്ണുണ്ടാവും കോൺക്രീറ്റിൻ്റെ പോർച്ച് അങ്ങനെ ഇയാളെ ദേഹത്തിൽ കൂടെ പോകണം അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ക്രോസ് ബീംസ് ഉണ്ട് ഈ ക്രോസ് ബീംസൊക്കെ ഇയാളെ കാല് രണ്ട് കാലും ഒരു ഒരു എട്ട് സ്ഥലത്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും കാല് നാല് വിധ സ്ഥലങ്ങളിൽ പൊട്ടിയിട്ടുണ്ടാവും അതിന് മുകളിലാണ് ഇത് കിടക്കണത് പക്ഷേ ഇയാൾക്ക് കുഴപ്പമില്ല അതായത് അപ്പുറം അപ്പുറവും ബീമിൻ്റെ നടുക്ക അയാൾ അപ്പോൾ ദേഹം അമർന്നിട്ടില്ല നെഞ്ചമർന്നിട്ടില്ല വയർ അമർന്നിട്ടില്ല സുരക്ഷിതമാണ് പക്ഷെ കാലമൊക്കെ പൊട്ടി കഷ്ണങ്ങളായി കിടക്കുകയാണ് ഒന്ന് ആലോചിച്ചോക്കാ കിടത്തും തലയാണ് പുറത്തുള്ളത് വേറെ ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിലാ കോൺക്രീറ്റിന്റെ ഉള്ളില ഇയാളാണ് വിളിച്ച് വരൂ വരൂ ഞാൻ ഇതിന്റെ അടിയിലുണ്ട് വിളിക്കണം എന്നിട്ട് ഓരോരുത്തർ വരുമ്പോ ഇയാൾ പറയാ നീ അവിടെ കുത്തരുത് അവിടെ കുത്തരുത് അക്കെ അപകടമാവും അതൊക്കെ ഇന്ന മാതിരി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണത് ഇയാളാ ഇന്നമാതിരി പൊട്ടിക്കും പൊട്ടിച്ചാലേ അത് കിട്ടുള്ളൂ എന്തൊരു ധൃതി അതാ ധൃതി ഉത്സാഹസമന്യത ഉത്സാഹം ഏത് പ്രവർത്തനം ചെയ്യാനുള്ളൊരു ഔത്സുഖ്യം ഓരോർക്കം തോന്നി ഒന്നിനെ കൊള്ളില്ല അങ്ങനെയല്ല ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത് കുശലതയോടുകൂടി ചെയ്യാം ഹരി പറഞ്ഞു ഇറങ്ങാം ഇറങ്ങുകയാണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇറങ്ങരുത് ഉത്സാഹം ഉത്സാഹം വളരെ ഉത്സാഹത്തോടു കൂടി ധൃതിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ശേഷി സർവോപരി സിദ്ധ്യസിദ്ധ്യോഹോ നിർവികാര സിദ്ധ്യസിദ്ധ്യോഹോ നിർവികാര സിദ്ധിയിലും അസിദ്ധിയിലും നിർവികാരൻ അതായത് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു ചെയ്യാനുള്ളത് ചെയ്യുന്നു ചെയ്യാനുള്ളത് കുശലതയോടുകൂടി ചെയ്യുന്നു നന്നായി തീരാൻ വേണ്ടി ചെയ്യുന്നു നല്ല ഫലസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്നു അത്രയിൽ എനിക്ക് കഴിയുമോ അത്ര എനിക്ക് കഴിയും ചിലപ്പോൾ സിദ്ധിയുണ്ടാവും ചിലപ്പോൾ അസിദ്ധിയുണ്ടാവും അതെൻ്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ നിയന്ത്രണത്തിൽ കർമ്മഭാഗമാണ് അത് ഞാൻ വ്യക്തമായി ചെയ്തു അത് വേണ്ട പോലെ ചെയ്തു ഈ ഒരു ഭാവനയോടുകൂടി സിദ്ധി വന്നാലും അസിദ്ധി വന്നാലും സമ സിദ്ധൗ അസി എന്ന് ഗീത പറയുന്ന സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവത്തോടുകൂടി അതേസമയത്ത് കർമ്മത്തിൽ അത്യുത്സാഹത്തോടുകൂടി ധൃതിയോടുകൂടി അഹംവാദമില്ലാതെ സംഘരഹിതനായി ഇങ്ങനെ പ്രവർത്തിക്കാൻ നമുക്കൊക്കെ സാധിക്കും നല്ലപോലെ അഭ്യാസം വേണം നല്ലപോലെ അഭ്യാസം വേണം നമ്മൾ മനസ്സിനെ ബുദ്ധിയെ പാകപ്പെടുത്തി എടുക്കണം നിരന്തരമായി നമ്മൾ മനസ്സിനെ ബുദ്ധിക്ക് എന്തൊരു ട്രെയിനിങ് ആണോ കൊടുക്കുന്നത് ആ ഒരു സംസ്കാരം അത് ആർജിക്കും ഈവക വിഷയങ്ങൾ പറയുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ പ്രഭാഷണ വേദിയിൽ നിന്നോ ഏതെങ്കിലും ക്ലാസ്സുകളിൽ പോയിട്ടൊക്കെ ഇതൊക്കെ പഠിച്ചു ഇത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മളൊക്കെ മറന്നുപോകും ഇത് നമ്മുടെ സാധനയാണെന്നുള്ളത് നമ്മളൊക്കെ മറന്നുപോകും പകരം ഈ കേട്ട ഈ പഠിച്ച അളവ് പോലും കൊണ്ട് നടക്കും എന്നിട്ട് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ അളന്നു തൂക്കാൻ ശ്രമിക്കും ആ ഈ പറഞ്ഞ ലക്ഷണമനുസരിച്ച് ഇയാള് ശരിയില്ല ആള് അത് ശരിയില്ല കാരണം അയാൾ പ്രവർത്തിക്കണ കണ്ടില്ലേ ആസക്തനാണ് രാജസിക കർത്താവാണ് അതിൽ താമസിക കർത്താവാണ് സാത്വിക കർത്താവല്ല എന്നൊക്കെ നമ്മൾ പറയും ദയവ് ചെയ്ത് നമ്മൾ ഈ പഠിക്കുന്ന ആശയങ്ങളെ വെച്ചുകൊണ്ട് ലോകത്തിൽ ഒരാളെയും തൂക്കാൻ പോകരുത് കാരണം ഒരാൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയും നമുക്ക് അറിയില്ല ഭഗവാൻ തന്നെ തന്റെ ഗീതോപദേശത്തിൽ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് സത്താ കർമ്മ്യ വിദ്വാംസോ യഥാർവ്വാൻ തീർഷുർഗ്രഹം ആസക്തന്മാർ എന്തിലാസക്തന്മാര് കർമ്മി സക്ത കർമ്മത്തിൽ ആസക്തന്മാര് ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ ഫലം എനിക്ക് ഇതിൻ്റെ ഫലം എനിക്ക് ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യണത് എന്ന അങ്ങേറ്റത്തെ ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നവര് സക്താഹ അവിദ്വാംസഹ എന്തുകൊണ്ട് അജ്ഞാനികള് അജ്ഞാനികള് തത്വജ്ഞാനമില്ലാത്തവര് അങ്ങനെ അജ്ഞാനികളും ആസക്തന്മാരുമായവര് ഹേ അർജുന എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ലോകത്തെ അതേപോലെ പ്രവർത്തിക്കണം അനാസക്തനായ വിദ്വാൻ അനാസക്തനായ വിദ്വാൻ ആസക്തനും അവിദ്വാനും എന്ന പ്രവർത്തിക്കണം ചികീർഷു ലോക സംഗ്രഹം ലോകത്തിന്റെ നന്മ ചെയ്യുവാനിച്ഛിക്കുന്നുവെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിച്ചേ മതിയാവും നീ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ദുഃഖമാകും അല്ലെങ്കിൽ ദേഷ്യമാകും എന്നുള്ള രൂപത്തിൽ പെരുമാറേണ്ടി വരും നമുക്ക് ആന്തരികമായി ദുഃഖമോ ദേഷ്യമോ ഉണ്ടായില്ല എന്ന് വരാം പക്ഷെ കുഞ്ഞിനെ പഠിപ്പിക്കണ സമയത്ത് ആ രൂപത്തിലും ഭാവത്തിലും നമ്മൾ ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും ലോക നന്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കർമ്മം നമ്മൾ ചെയ്യണ സമയത്ത് ഇത് ചെയ്താലേ എനിക്ക് സമാധാനമുള്ളൂ എന്നുള്ള ഭാവം അഭിനയിക്കേണ്ടി വരും ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയോട് പറയാണ് അങ്ങനെ മോളെ എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ലാട്ടുവാ പക്ഷെ നീ നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ ദേഷ്യം അഭിനയിച്ചു എന്ന് വരും എന്ന് പറഞ്ഞോന്ന് വിചാരിച്ചോളൂ എന്നിട്ട് ദേഷ്യം അഭിനയിച്ചാലും വില വെക്കുക അതിന് വെറുതെ നേരം പോക്ക് ബുദ്ധിക്കലോ അങ്ങനെയല്ല പിന്നെ ആ കുട്ടിക്ക് തോന്നണം ഇയാൾക്ക് വമ്പിച്ച ദേഷ്യം ഉണ്ടെന്ന് ക്രോധം കൊണ്ടങ്ങനെ ഉറക്കിയാന്ന് തോന്നണം അപ്പോഴേ പറഞ്ഞ പോലെ ചെയ്യുള്ളൂ പറഞ്ഞ പോലെ ചെയ്യിക്കുള്ളതല്ല ഉദ്ദേശിച്ചത് ദൃഷ്ടാന്തം പറഞ്ഞതാണ് അപ്പൊ എപ്പോഴും ലോകസംഗ്രഹം ചികീർഷു ലോകസംഗ്രഹം ലോകസംഗ്രഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അജ്ഞാനിയെ പോലെ ആസക്തനെ പോലെ പെരുമാറണം ഒരു ദൃഷ്ടാന്തം ഓർമ്മ വരികയാണ് ഇപ്പൊ പറഞ്ഞു വന്നേ ഉള്ളൂ ഈ ദൃഷ്ടാന്തം അതുകൊണ്ടാവും ഓർമ്മ വരുന്നത് അറിയില്ല വിവേകാനന്ദ സ്വാമികള് അനാസക്തനാണോ ജ്ഞാനിയാണോ അജ്ഞാനിയാണോന്നൊന്നും നമുക്കറിയില്ല നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് തൂക്കേണ്ട ആവശ്യമില്ല നമുക്കറിയില്ല നമുക്ക് തൂക്കണ്ട ആവശ്യമില്ല നമ്മൾ ബഹുമാനിക്കുന്നു അദ്ദേഹം ചെയ്ത ലോകത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളെ മുൻനിർത്തി നമ്മൾ വിവേകാനന്ദ സ്വാമികളെ അത്യന്തം ബഹുമാനിക്കുന്നു ആന്തരികമായിട്ട് അദ്ദേഹത്തിന് നിഷ്ഠ അളക്കാൻ നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ പണിയല്ല അതേ ജ്ഞാനിയാണോ അദ്ദേഹത്തിന് കൊള്ളാം അതേ അജ്ഞാനിയാണോ അദ്ദേഹത്തിന് കൊള്ളാം നമുക്കെന്ത് വേണം പക്ഷെ അദ്ദേഹം ഉത്തമ കോടിയിൽപ്പെട്ട ജ്ഞാനിക്ക് ഉചിതമായ രീതിയിൽ ലോകത്തിൽ പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിച്ച വിവേകാനന്ദ സ്വാമികള് ഷിക്കാഗോയിലോ സർവമത സമ്മേളനത്തിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം മാത്രം നുവദിക്കപ്പെട്ട ആളാണ് പല ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ വെറും മൂന്ന് മിനിറ്റ് നേരത്തേക്കാണ് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് സ്വാമിജിക്ക് ഒന്നാമത്തെ പ്രസംഗം തന്നെ അഞ്ചു മിനിറ്റോളം നീണ്ടു അതിന് ഉത്തരവാദി സ്വാമിജി അല്ല അവിടുത്തെ ജനങ്ങളുടെ കയ്യടി ഒന്നര മിനിറ്റ് നീണ്ടതാണ് സ്വാമിജി കൃത്യം മൂന്ന് മിനിറ്റ് തന്നെയും സംസാരിച്ചിട്ടുള്ളൂ പിന്നെ നീണ്ടു പോയതോ അത് കയ്യടി എന്തു ചെയ്യും പിന്നെ കയ്യടി നിർത്തിയിട്ടല്ലേ പ്രസംഗിക്കാൻ പറ്റൂ പിന്നീട് സർവമത സമ്മേളനത്തിൽ വളരെ ശ്രദ്ധേയമായ പ്രസംഗങ്ങൾക്ക് സ്വാമിജി ക്ഷണിക്കപ്പെട്ടു ഏറ്റവും പ്രസിദ്ധം പേപ്പർ ഓൺ ഹിന്ദുയിസമാണ് എന്നാൽ സ്വാമിജിയുടെ ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു ആ സർവമത സമ്മേളനത്തിന്റെ സമാപനത്തിൽ ചെയ്ത പ്രസംഗം പലപ്പോഴും നമ്മൾ ഒന്നാമത്തെ പ്രസംഗത്തെ അവൻ്റെ കയമായിട്ട് പറയുക പക്ഷെ എന്നാൽ ശക്തമായ പ്രസംഗം സമാപനത്തിൽ ചെയ്ത പ്രസംഗമായിരുന്നു എന്തായാലും ഈ സർവമത സമ്മേളനത്തോടുകൂടി സ്വാമിജി അമേരിക്കയിൽ പ്രസിദ്ധനായി അമേരിക്കയിലെ പട്ടണങ്ങളിലെല്ലാം സ്വാമിജി പ്രസംഗിച്ചു സ്വാമിജിയെ കിട്ടാൻ വേണ്ടി ഓരോ പട്ടണത്തിലും ഓരോ ഗ്രാമത്തിലും ജനങ്ങൾ അത്രയ്ക്കധികം പരിശ്രമിച്ചു അമേരിക്കയിലൊരു ഹീറോ ആയി മാറി ചുരുക്കിയ സമയം കൊണ്ട് ഈ സമയത്ത് അമേരിക്കൻ പത്രങ്ങളിൽ വിവേകാനന്ദ സ്വാമിജിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധിഷണാവൈഭവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പലതിനെ ഇന്നതെന്നൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കുള്ള രൂപത്തെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലടക്കം പ്രശംസിച്ചുകൊണ്ട് പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പെരുമാറ്റത്തെ വർത്തമാനത്തെ എല്ലാത്തിനെയും പ്രശംസിച്ചുകൊണ്ട് പത്രങ്ങൾ നിരന്തരം എഴുതി നമുക്ക് മനസ്സിലാക്കാം പ്രശ്നമല്ല സ്വാമിജി ഇതൊക്കെ മുറിച്ചെടുക്കും പേപ്പർ കട്ടിങ്സ് എന്നിട്ട് അമേരിക്കയിൽ നിന്ന് കിട്ടാവുന്ന അത്രയും പേപ്പർ കട്ടിങ്സ് സ്വരൂപിച്ച് മദ്രാസിലേക്ക് അലസിംഗ പെരുമാളിന് അയച്ചു കൊടുക്കും സ്വാമിജിയുടെ ശിഷ്യനായിരുന്നു അലസിംഗ പെരുമാൾ എന്നിട്ട് അതിനൊക്കെ നിർദ്ദേശിക്കും ഇത് വളരെ പ്രാധാന്യേന ഇന്ത്യൻ പത്രങ്ങളിൽ വരുന്നുണ്ട് എന്ന് യൂറപ്പ് വരുത്തണം ഇതെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി ഇന്ത്യൻ മാധ്യമത്തിൽ വരുന്നുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം ചില സ്ഥലത്തൊക്കെ അലസിംഗ പെരുമാൾ പാവം കഷ്ടപ്പെട്ടതിന് കണക്കില്ല പക്ഷെ അവിടെ അമേരിക്കയിൽ ഇരിക്കുന്ന സ്വാമിജി അതറിയില്ല അത് സ്വാമിജി തെറി പറഞ്ഞുകൊണ്ട് എടുക്കും അലസിംഗ പെരുമാൾക്ക് നീ എന്ത് മനുഷ്യനാണ് ഞാനിവിടെ ഈ തണുപ്പത്ത് കൊണ്ടും തണുപ്പത്ത് പ്രവർത്തിക്കണമെന്ന് നീ കാണുന്നില്ലേ ആർക്ക് വേണ്ടിയിട്ടാണ് അതിനനുസരിച്ച് നിങ്ങളവിടെ പ്രവർത്തിക്കുന്നില്ല ഓ ഈ പിഞ്ചി പട്ടിക്കുട്ടികൾ ശബ്ദിച്ചത് കേട്ട് ഞാൻ ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെടാൻ ഇടയായല്ലോ ഞാനിവിടെ തണുപ്പ് കൊണ്ട് കഷ്ടപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ തെറി പറഞ്ഞാൽ കത്തെഴുതണമെന്ന് അറിയുമോ തൊട്ടടുത്ത് കത്തെഴുതും വളരെ സന്തോഷം നീ വലിയ പ്രവർത്തനം ചെയ്തു നീ ഒരുപാട് മീഡിയയിൽ വാർത്ത കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു വളരെ സന്തോഷം ഒരു നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു സന്യാസി ഇങ്ങനെയൊക്കെ വേണോ ഇത്രക്ക് പേരിനും പ്രശസ്തിക്കോ ആഗ്രഹമായല്ലോ ഇതൊക്കെ ഒരു സന്യാസിക്കുള്ളൂ ഇത്രക്ക് പേരിനും പ്രശസ്തിക്കോ ആഗ്രഹം അവിടെ ഉള്ള പേപ്പർ കട്ടിങ്സ് മുഴുവൻ എടുത്ത് ഇന്ത്യൻ മീഡിയയിൽ വരുത്താൻ വേണ്ടി ഇത്രക്ക് പടാപ്പാട്ട് പെടുക ഇതെന്തിനാ താളവും ഇതും നമ്മളൊരു ബന്ധമല്ല ശ്രുതി പോരാ ില്ല അപ്പോ നമുക്ക് സംശയം വരും എന്തിനാണ് ഇത്രക്കൊരു പേരിനും പ്രശസ്തിക്കും ആഗ്രഹം ഒരു സന്യാസിക്ക് ഒരു വേള നമ്മള് സ്വാമിജിയെ കുറിച്ച് തെറ്റിദ്ധരിക്കും ഈ വിവേകാനന്ദ സ്വാമി ആള് ശരിയില്ലപ്പാ കാരണം പേരിനും പ്രശസ്തിക്ക് ഇത്ര ആഗ്രഹമുള്ള ആള് സന്യാസി അല്ലാന്ന് നമുക്ക് തോന്നിപ്പോ പക്ഷേ സ്വാമിജി അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ അപാരമായ വാക്ശക്തിയോടുകൂടി തന്നെയിരുന്നു സമൂഹത്തെ ഇളക്കി മറിക്കുന്ന റോമങ് ഭാഷയിൽ അനുഷേദ്യമായ വൈദ്യുത പോലെ സർവരുടെ ഉള്ളിലും പ്രവേശിക്കുന്ന വാക്ശക്തി സ്വാമിജിക്ക് അതുകൊണ്ട് നമുക്കറിയാം അവിടുന്ന് ശുദ്ധഭാവത്തിലാണ് ജീവിച്ചത് ശുദ്ധഭാവത്തില യഥാർത്ഥ സന്യാസി ആയിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ ആ ശക്തി ഉണ്ടാവില്ലായിരുന്നു ഉറപ്പാ ഇത്രവാക് ശക്തി ഉണ്ടാവില്ലായിരുന്നു അപ്പൊ പിന്നെ എന്തിനാണ് ഈ പത്രങ്ങളൊക്കെ ഇങ്ങനെ വാർത്ത വരാൻ പെടാപ്പാടുപെട്ടത് എന്തിനാണ് പേരിനം പ്രശസ്തിക്ക് ഇത്ര ആഗ്രഹം ആഗ്രഹമല്ലാതെ അത് വലിയൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു ആ പദ്ധതി പൂർണ്ണമായി നമ്മൾ കണ്ടു സ്വാമിജി ഭാരതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതുവരെ ഒരു സന്യാസിക്ക് ലഭിച്ചിട്ടില്ലാത്ത സ്വീകരണം ഭാരതീയ സമൂഹം സ്വാമിജിക്ക് അർപ്പിച്ചു അതുകൊണ്ട് എന്താകുണം സ്വാമിജിയുടെ ശബ്ദം ശ്രവിക്കാൻ ഭാരതം തയ്യാറായി കാത്തിരുന്നു അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഡിസംബർ മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആദ്യ പകുതി വരെയുള്ള ഭാഗത്ത് ജൂണിലാണ് സ്വാമിജി കപ്പൽ കയറുന്നത് അതുവരെയുള്ള കാലത്ത് ഭാരതത്തിൽ ഉടനീളം സ്വാമിജി സഞ്ചരിച്ചിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിരുന്നില്ല കുറച്ചുപേരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോൾ വിവേകാനന്ദ സ്വാമി എന്ത് പറയുന്നു ശ്രദ്ധിക്കുന്നൊരവസ്ഥയിൽ കാതോർക്കുന്ന അവസ്ഥയിൽ ഭാരതം മാറി അത് സ്വാമിജി മാറ്റിയെടുത്തതാ അല്ലാണ്ട് തനിക്ക് പേരിലും പ്രശസ്തിക്കുമല്ല തന്റെ വാക്കുകൾ സ്വീകരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ഭാരതത്തെ ഉണർത്തി എന്നിട്ട് വിളിച്ചു പറഞ്ഞു അതല്ലേ അടിമത്തത്തെ തൂത്തെറിഞ്ഞ് നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന അടിമത്തത്തിന്റെ കെട്ടുപാടുകളെ പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തെ നേടിയെടുക്കുന്നതിനുള്ള വർദ്ധിച്ച ഉത്കടമായ ഇച്ഛയെ ഭാരതത്തിൽ വളർത്തിയത് അതെ അതല്ലേ സന്യാസിമാരെ സേവനത്തിൻ്റെയും ശാസ്ത്ര മേഖലയിലേക്ക് കൂടുതൽ പ്രേരിപ്പിച്ചത് അതെ അതല്ലേ മൊത്തം സന്ദേശം കേൾപ്പിച്ച് ഉണർത്തിയത് ജീർണിച്ച ഒട്ടനവധി അനാചാരങ്ങളുടെ ദുരാചാരങ്ങളുടെ സാമൂഹികങ്ങളായ കൊടിയ അനീതികളുടെ ദുർബാധയിൽ നിന്ന് ഭാരതത്തെ ക്രമികമായി രക്ഷിക്കാൻ ഹേതുവായത് അതെ സർവോപരി പറയട്ടെ സമൂഹത്തിൽ വളരെ താഴെ തട്ടിലേക്ക് മാറ്റപ്പെട്ട സ്ത്രീ സമൂഹത്തിന് ഉന്നതമായ വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഭാരതത്തെ രണ്ടാമതും കൈപിടിച്ചുയർത്തിയത് അതല്ലേ അതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രീയമായ സമ്പൂർണമായ നവോത്ഥാനത്തിന് കാരണമായി സ്വാമിജിയുടെ പ്രവർത്തനം ആ പ്രവർത്തനത്തിനുള്ള വേദി ഒരുക്കുകയായിരുന്നു സ്വാമിജി അവിടെ ഇരുന്നിട്ട് അല്ലാതെ വ്യക്തിക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടായിരുന്നില്ല മനസ്സിലാക്കുക ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോ ഇത് മനസ്സിലാവില്ല ഈ വേദി ഒരുക്കുകയായിരുന്നു അവിടെ സക്ത കർമ്മംസോ യഥാ കുറവന്തി ഭാരത കുര്യാ വിദ്വാൻ തഥാശക്ത ചികീർഷു ലോകസംഗ്രഹം അതുകൊണ്ട് ലോകത്തിൻ്റെ സംഗ്രഹത്തെ ലോകത്തിൻ്റെ പ്രയോജനത്തെ ലോക നന്മയെ ഉദ്ദേശിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആസക്തന്മാരും അജ്ഞാനികളുമായവർ പ്രവർത്തിക്കുന്നത് അനാസക്തനും വിദ്വാനുമായവൻ പ്രവർത്തിക്കണം അതുകൊണ്ട് ഒരാൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് പുറമെ നോക്കി വിലയിരുത്താൻ സാധിക്കില്ല അതുകൊണ്ട് പറയാനുള്ളത് സാത്വിക കർമ്മം സാത്വിക കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പഠിച്ച് ഒരു അളവ് പോലുണ്ടാക്കി അതിനനുസരിച്ച് ബാക്കിയുള്ളവരെ തൂക്കാൻ പോകരുത് മറിച്ച് ഇത് നമുക്ക് നമ്മെ സംസ്കരിച്ചെടുക്കാൻ നമ്മെ കൂടുതൽ സത്വികഭാവത്തിലേക്ക് ഉയർത്താൻ ഒക്കെ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ കർമ്മവും കർത്താവും സാത്വികമാകുമ്പോൾ ഫലം സുഖമാകും ഇവിടെ സാത്വിക കർത്താവിൻ്റെ ലക്ഷണം പഠിക്കുന്നതോടൊപ്പം നമ്മൾ രാജസികവും താമസികവും പഠിക്കണം അങ്ങനെ ആവാതിരിക്കാം അത് നമുക്ക് തുടർന്ന് നാളെ കൃത്യസമയത്തിനു ചിന്തിക്കാം ഗാന്ധാരി ശാപത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഈയിടെ ഒരു പ്ര പ്രാസംഗികൻ പറയുകയുണ്ടായി കൃഷ്ണൻ തൻ്റെ അവസാന കാലത്ത് ഗാന്ധാരി ശാപം മൂലം അത്യധികം വേദന എന്ന് ഗാന്ധാരി അമ്മ എത്ര മക്കളാ കേമന്മാരായ കരുത്തന്മാരായ നൂറ് ആൺകുട്ടികൾ ഒരു മോളും നൂറ്റൊന്ന് മക്കൾ മാതൃകാ മാതാവ് എണ്ണത്തിൽ ഇത്ര പുത്രസമ്പത്തിൻ്റെ ഉടമയായ ഗാന്ധാരി ആ തങ്ങളുടെ മക്കളുടെ ഭാഗത്ത് അധർമ്മം ആണെന്നറിയുന്നവളാണ് അധർമ്മം എവിടെ ഉണ്ടോ അവിടെ പരാജയമേ ഉണ്ടാവൂന്നറിയുന്നവളാണ് അതുകൊണ്ട് സ്വകർമ്മഫലമാണ് ദുര്യോധനൻ തുടങ്ങിയവരനുഭവിച്ചതെന്നറിയുന്നവളാണ് അറിയാത്തവളല്ല എങ്കിൽ പോലും അമ്മ അമ്മ തന്നെയാണ് ഈ മക്കളൊക്കെ മരിച്ച് എല്ലും മരിച്ചു ഒരേ യുദ്ധക്കളത്തിൽ അവർക്ക് വേണ്ടി വന്നവരും മരിച്ചു എല്ലാവരും ആ മാതൃഹൃദയം വല്ലാതെ നൊന്നു യുദ്ധാനന്തരം ശ്രീകൃഷ്ണനും യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും സാത്യകിയും ഒക്കെ കൂടെ ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും അടുത്തേക്ക് പോയി വളരെ ദുഃഖിതയായിരുന്ന ദുഃഖഭാരം കൊണ്ട് അല്ലാത്തൊരു ആന്തരിക ഭാവത്തെ പ്രാപിച്ചിരുന്ന ഗാന്ധാരി വിലപിച്ചു പൊട്ടി പൊട്ടിക്കരഞ്ഞു തൻ്റെ അടുത്ത് വന്നത് കൃഷ്ണനാണെന്ന് അറിഞ്ഞപ്പോൾ ഇതിനൊക്കെ കാരണക്കാരനടാ നീയാണ് ഈ മഹായുദ്ധത്തിന് ഈ കൊടിയ വിപത്തിന് ഈ തീരാ നഷ്ടത്തിന് മുഴുവൻ കാരണക്കാരൻ നീയാണ് എന്നൊരു ഭാവന ഉള്ളിൽ വരിക മാത്രല്ല പറയുകയും ചെയ്തു പറയുകയും ചെയ്തു ഒരു ശാപവും കൊടുത്തു ഇതിനൊക്കെ കാരണഭൂതനായ നീ യാതൊരു സംശയവും ഇല്ല പുത്ര ശോകം പുത്രരുടെ ശം കണ്ടു തന്നെ മരിക്കും ഗാന്ധാരിയുടെ ശാപോ ആരാ ഗാന്ധാരി ഗാന്ധാരിക്ക് കൊറേ തെറ്റൊക്കെ വന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഏതൊരമ്മയ്ക്കും മുമ്പിൽ വലിയൊരു പാഠമാണ് ഗാന്ധാരി ഇത്രക്കധികം മക്കളുണ്ടായിട്ട് ഒന്നുപോലും ഗുണം പിടിച്ചില്ല ഗുണം പിടിച്ചില്ല എന്ന് പറയരുതേ ഉത്തമന്മാര് ധർമ്മമൂർത്തികളായ മക്കളുണ്ടായിരുന്നു ഉദാഹരണം വികർണൻ വികർണൻ ഉത്തമധർമ്മമൂർത്തിയായിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ ശോഭിക്കില്ല മറ്റേ ഉള്ളിൽ ഒന്നായിട്ട് ആക്രമിക്കാൻ വരുന്ന കാക്ക കാക്ക ശാന്തനായി ഉണ്ടായിട്ട് എന്ത് കാര്യം തന്റെ പ്രഭാവം മറ്റേതിനല്ലേ ഉണ്ടാവുള്ളു അക്രമകാരികൾക്കല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ വികരണനൊക്കെ പ്രസക്തി വേണ്ട വിധമില്ലാത്തവനായി പോയി എന്തുകൊണ്ട് എന്തുകൊണ്ട് മക്കളൊക്കെ ഇങ്ങനെയായി ദുര്യോധന എന്തു നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഗാന്ധാരി വിവാഹം കഴിക്കാൻ പോകുന്നത് അന്ധനയാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എനിക്കും കാണണ്ട ലോകം എൻ്റെ ഭർത്താവിനില്ലാത്തൊരു സുഖം എനിക്കും വേണ്ട എൻ്റെ ഭർത്താവിന് ഇല്ലാത്തൊരു കാഴ്ച എനിക്കും വേണ്ട നിശ്ചയിച്ച് തുണിയെടുത്ത് കണ്ണങ്ങോട്ട് മൂടിക്കെട്ടി അങ്ങനെ അവസാന വരെ സ്വീകൃതമായ അന്ധതയോടുകൂടി കഴിഞ്ഞു വലിയ തെറ്റായിപ്പോയി ഗാന്ധാരി ചിന്തിക്കേണ്ടത് എങ്ങനെയായിരുന്നു എന്റെ ഭർത്താവിന് കാഴ്ചയില്ല അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാഴ്ചയുണ്ടാവണം എന്നാൽ എൻ്റെ ഭർത്താവിനെയും നോക്കാൻ പറ്റൂ കുട്ടികളെയും നോക്കാൻ പറ്റൂ കാഴ്ചയില്ലാത്ത ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ കൂടുതൽ കാഴ്ചയുള്ളവളായിരിക്കണം എന്നാലേ ഭർത്താവിനൊരു പതനം സംഭവിക്കാതെ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റൂ എന്നായിരുന്നു ഗാന്ധാരി ചിന്തിക്കേണ്ടിയിരുന്നത് കണ്ണു മൂടിക്കെട്ടിക്കളഞ്ഞു അത് കഴിഞ്ഞ് നൂറ്റൊന്ന് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഗാന്ധാരി ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു ദേവനെ തപസ് ചെയ്യാം നല്ല തപസ് ചെയ്യുക എന്നിട്ട് പ്രത്യക്ഷനാക്കുക എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചാൽ ഭഗവാനെ എനിക്ക് നൂറ്റൊന്ന് മക്കളുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഇരുന്നൂറ്റി രണ്ട് കണ്ണ് വേണം എന്ന് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു കാരണം ഒരു കുട്ടിയെ വളർത്തണമെങ്കിൽ തന്നെ നല്ലോണം രണ്ട് കണ്ണ് വേണം അതെ ആ സംശയമില്ല ഒരു കുട്ടിയെ മര്യാദയ്ക്ക് വളർത്തണമെങ്കിൽ രണ്ട് കണ്ണ് നല്ലോണം വേണം അപ്പോ നൂറ്റൊന്ന് കുട്ടികളെ വളർത്തണമെങ്കിൽ ഇരുന്നൂറ്റി കണ്ണ് വേണം എല്ലാ ഭാഗത്തേക്കും കാണണം അവൻ എന്താ ചെയ്യണം അവൾ എന്താ ചെയ്യണം ഓരോ നിമിഷവും കാണണം അതുകൊണ്ട് എന്തുണ്ടായി മക്കളുടെ ചെയ്തികൾ യഥാസമയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർ തെറ്റെന്ന് ചെയ്യുമ്പോൾ യഥാസമയം തിരുത്താൻ കഴിഞ്ഞില്ല കാണുന്നില്ല ഈ അച്ഛൻ്റെ അമ്മേൻ്റെ കണ്ണ് വെട്ടിച്ച് അവർക്ക് എന്തും ചെയ്യാൻ എളുപ്പമാണ് രണ്ടാൾക്ക് കാണില്ല പിന്നെ രാജകുമാരന്മാരായത് കൊണ്ട് മന്ത്രിമാർക്കും പറയുന്നതിനൊരു പരിമിതിയുണ്ട് അതുകൊണ്ട് അവരൊക്കെ വഴി തെറ്റിപ്പോയി അതുകൊണ്ട് തന്നെ ഗാന്ധാരി ഒരു പക്ഷേ നല്ല പത്നിയാണെന്ന് പറഞ്ഞേക്കാം പക്ഷേ നല്ല അമ്മയല്ല ഒരിക്കലും അല്ല പെറ്റത് കൊണ്ട് അമ്മയാവില്ല സംസ്കൃതത്തിൽ അമ്മയ്ക്ക് പല പര്യായ പദങ്ങളുണ്ട് മാതാ ശബ്ദം പ്രസിദ്ധമാണ് മാതൃശബ്ദത്തിൽ നിന്നാണ് വരുന്നത് മാതൃശബ്ദത്തിന് അമ്മ മദർ ഇംഗ്ലീഷില് മദർ മാതൃ ഈ മാതൃശബ്ദം എവിടുന്ന് ഉണ്ടാവുന്നത് പല രീതിയിലുണ്ടാവാം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു നിരുക്തി മാധാതുവിൽ തൃ പ്രത്യേകം വരുമ്പോഴാണ് മാതൃശബ്ദം ഉണ്ടാവുന്നത് മാങ്ങ മാനേ അളക്കുക എന്നാണ് മാങ്ങ ധാതുവിനർത്ഥം അപ്പം മാതൃ എന്ന് പറഞ്ഞാൽ അളക്കുന്നവൾ എന്നാകും അളക്കുന്നവളാണ് മാതാവ് അപ്പം നല്ല മാതാവാകണോ അളക്കുന്നവളായിരിക്കണം നെന് തന്നെ നല്ലൊരു ടാപ്പ് വാങ്ങി വീട്ടിൽ ചെന്ന് മക്കളുടെ നീളവും ഭീതിയും ഉയരോ ദിവസം ഞാൻ അളക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാമി അങ്ങനെയുള്ള അളക്കാനല്ല പറഞ്ഞത് മറിച്ച് തൻ്റെ കുഞ്ഞിലുണ്ടാവുന്ന ഓരോ ചെറിയ സ്പന്ദനവും അളന്നറിയാൻ കഴിയണം അവളെ മാതാവാകൂ ആശ്രമത്തില് ഒരു മാസത്തിൽ പത്ത് പന്ത്രണ്ട് കേസെങ്കിലും വരുന്നുണ്ട് ഈ കേസ് ഒരാരും മതം മാറാൻ ഇച്ഛിച്ച് മാറുകയല്ല പ്രേമബന്ധമെന്ന ഒരുക്കിൽപ്പെട്ട് ഒന്നുകിൽ മതംമാറ്റ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു അങ്ങോട്ട് ആനയിക്കപ്പെടുന്ന വഴിക്ക് വരുന്നു അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ട ശേഷം പതിനാല് ദിവസം അച്ഛൻ്റെ കൂടെ കുടുംബത്തിൽ താമസിക്കൂ എന്ന വിധിയെ തുടർന്ന് വരുന്നു അല്ലെങ്കിൽ നമുക്കൂടെ പറയാൻ കൊള്ളാത്തൊരുപാട് ശാരീരിക പീഡനങ്ങൾ ഏറ്റെടുത്ത് മാനസിക സമനില തെറ്റിയ ശേഷം വരുന്നു ഇങ്ങനെയൊക്കെയുള്ള മക്കളാണ് ഒരു രണ്ട് മാസമായിട്ട് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ പല വിശേഷമുണ്ട് അതവിടെ നിൽക്കട്ടെ ഏറ്റവും വലിയ വിശേഷം അവർക്ക് ധർമ്മത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് പൊങ്ങച്ചങ്ങൾ കുറേ ഉണ്ടാവും ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ധർമ്മത്തെക്കുറിച്ച് ഒരു വസ്തു അറിയില്ല ആചരണങ്ങളെക്കുറിച്ച് അറിയില്ല ദേവതാ സങ്കല്പം അറിയില്ല ഋഷിമാരെക്കുറിച്ച് അറിയില്ല ഗ്രന്ഥങ്ങളറിയില്ല ഒന്നും അറിയില്ല ഈ അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് അതവിടെ നിൽക്കട്ടെ ഇവരുടെ അമ്മമാരോട് സംസാരിക്കുമ്പോൾ അല്ല നിങ്ങൾക്കിത് മുൻപ് മനസ്സിലായില്ലേ അല്ല സ്വാമി പോകുമ്പോൾ അല്ലേ മനസ്സിലായത് അല്ലെങ്കിൽ മോള് പോയിട്ടാണ് മനസ്സിലായത് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് രജിസ്ട്രേഷൻ വിവാഹത്തിന് നോട്ടീസ് കൊടുത്ത ശേഷമാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ് തൊണ്ണൂറ് ശതമാനം മറുപടി പിന്നെ എങ്ങനെയാണ് മാതാവാകുന്നത് പെറ്റുപോറ്റിയ മോള് ഒരുത്തൻ്റെ കൂടെ പോയി രജിസ്ട്രാഫീസിൽ പോയി സ്പെഷ്യൽ മാരേജസ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിക്കാൻ അപേക്ഷ കൊടുത്ത ശേഷമാണ് മനസ്സിലാക്കണത് ചിലത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അതെങ്ങനെയാ പിന്നെ മാതാവാകുക മാതാവെന്ന് പറഞ്ഞാൽ മക്കളെ അളക്കുന്നവളാണ് ഓരോ സന്ദർഭത്തിലും അവരെ അളന്നറിയുന്നവളാണ് മാതാവ് അത് മനസ്സിലാക്കിയന്ന് ഗാന്ധാരി ഒരിക്കലും നല്ല മാതാവല്ല പക്ഷെ ഗാന്ധാരി മാതാവല്ല നമുക്കങ്ങ് പറഞ്ഞ് തള്ളാനൊന്നും പറ്റില്ല ധൃതരാഷ്ട്ര ആവണതൊക്കെ ഉപദേശിച്ചിട്ടും ദുര്യോധനൻ മനസ്സിലാക്കണില്ല എന്ന് വരുമ്പോൾ രാജ്യസഭയിലേക്ക് ഗാന്ധാരിയെ വിളിച്ചുകൊണ്ടോന്ന് ഉപദേശിപ്പിക്കുന്ന സന്ദർഭം കുറെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് രാജ്യസഭയിൽ ഇരുന്നു കൊണ്ടൊരാജ്ഞി ഗാന്ധാരി ഉപദേശം കൊടുക്കുക ദുര്യോധനാ ഒന്നും മാത്രം ഗാന്ധാരി വലിയ ധർമ്മനിഷ്ഠ ഉണ്ടായിരുന്നു അതിന് സംശയമൊന്നുമില്ല താണ് കേണ് അനുഗ്രഹിക്കൂ ഞാൻ വിജയിച്ചു വരുമെന്നൊന്ന് അനുഗ്രഹിക്കൂ അമ്മയെന്ന ദുര്യോധനം പല ചോദിച്ചിട്ടും ഗാന്ധാരി പറഞ്ഞില്ല മോനെ ജയിച്ചു വരൂ എന്ന് പറഞ്ഞില്ല ജയിച്ചു വരും എന്ന് പറഞ്ഞില്ല ഗാന്ധാരി പറഞ്ഞാൽ മതിയായിരുന്നു ദുര്യോധനോട് ദുര്യോധനാ പോയി ജയിച്ചു വരുമോ ജയിച്ചു വരുമായിരുന്നു ഉറപ്പ് ധനത്രയാണ് ആ അമ്മയുടെ നിഷ്ഠ പക്ഷെ പറഞ്ഞില്ല എവിടെ നിന്നാണോ ധർമ്മം ഉദ്ഭവിക്കുന്നത് അവിടെ നിന്നാണ് ജയവും ഉദ്ഭവിക്കുന്നത് ഇതാ പറഞ്ഞ എവിടെ നിന്നാണോ ധർമ്മം ഉദ്ഭവിക്കുന്നത് എവിടെന്ന ഈശ്വരനിൽ നിന്നാണ് അവിടെ നിന്നാണ് ജയവും ഭംഗിയന്തരേണ കൃഷ്ണനിൽ നിന്നാണ് ജയമെന്ന് പറഞ്ഞു നേരാൻ വഴിക്ക് ധർമ്മത്തെ ആശ്രയിച്ചാലാണ് ജയം എന്ന് പറഞ്ഞു ആ ദുര്യോധന പിന്നെയും പറഞ്ഞു ജയിച്ചു വരൂ എന്ന് പറയൂ പറഞ്ഞില്ല അങ്ങനത്തെ അമ്മയാ അവരെ ശാപം ഭരിക്കാതിരിക്കില്ല ഏതായാലും അങ്ങനെ കൃഷ്ണനെ ശപിച്ചു ശാപം ഭരിക്കാതിരിക്കില്ല അത് അതുകൊണ്ട് മക്കൾ തമ്മിൽ താച്ച് നശിച്ച് ഒന്നുമല്ലാതാവുന്നത് കൃഷ്ണൻ കാണേണ്ടി വന്നു പക്ഷെ കൃഷ്ണൻ ദുഃഖിച്ചിട്ടില്ല സന്തോഷമായിട്ട് ഇത് കാലത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ അവശ്യംഭാവിയായ അവസ്ഥാവിശേഷമാണെന്ന് തിരിച്ചറിഞ്ഞ് വനായി ശാന്തനായി സമചിത്തനായിരുന്നു പക്ഷേ ശാപബലമുണ്ട് ഇത്രക്കൊക്കെ വലിയ മഹാനായിട്ടും ആ ചെറിക്കിടക്കുന്ന ശവശരീരങ്ങളുടെ കൂട്ടത്തിലായിരുന്നു കൃഷ്ണന്റെ ശവശരീരവും പോയി കണ്ടു അർജുനൻ അർജുനൻ കരഞ്ഞുപോയി തൻ്റെ സഖാവിത കിടക്കണു ഇത് ഭക്തിശാസ്ത്രം വരുമ്പോഴത്തേക്കങ്ങ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നാണ് നേരിട്ട് ഭാരതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് അർജുനെ കൊണ്ടുപോയി സംസ്കരണം ചെയ്തു ശരീര സംസ്കരണം ചെയ്തു ഇപ്പം കൃഷ്ണിവംശത്തിൽപ്പെട്ടവർ മഹാത്മാവിനെ പരിഹസിച്ചതിൻ്റെ ഫലമായി ശാപഗ്രസ്ഥരായി ആ ശാപം അവരെ മുഴുവൻ ഇല്ലാതാക്കി അതുകൊണ്ട് നഹി വശിഷു പദ്ധ്യപരിഭവം മഹാന്മാരെ പശികളെ നിന്ദിക്കാതിരിക്കുക അത് ശ്രദ്ധിക്കുക ആരെയും വന്ദിക്കാൻ കഴിയില്ല വന്ദിക്കട്ടിക്കാതിരിക്കുക അത് പ്രധാനമാണ് ഇരിക്കട്ടെ ഇതൊക്കെ ശാപം പറഞ്ഞോണ്ട് പറഞ്ഞോന്ന് മാത്രം ഗൃഹസ്ഥാശ്രമി വാനപ്രസ്ഥി സന്യാസി സ്വാമി മുനി ഇവരെ കുറിച്ച് ലളിതമായി പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു ഗൃഹസ്ഥാശ്രമി ഗൃഹത്തിൽ കഴിയുന്നവനാരോ അവൻ ഗൃഹസ്ഥൻ ഗൃഹം വീട് ഗൃഹത്തിൽ കഴിയുന്നവൻ ഗൃഹസ്ഥൻ ഗൃഹസ്ഥ ജീവിതത്തെ ഉത്തമമായ ആശ്രമമായി മനസ്സിലാക്കി ആശ്രമധർമ്മമാണിതെന്ന തിരിച്ചറിവോടുകൂടി ഗൃഹത്തിൽ ജീവിക്കുന്നവൻ ഗൃഹസ്ഥാശ്രമി വീട്ടിൽ ജീവിച്ചു പറഞ്ഞാൽ ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമി പറയാൻ പറ്റില്ല വീട്ടിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മളെ വീട്ടിലാരൊക്കെ ഉണ്ട് ആശ്രമത്തിൽ കണക്കെടുക്കാൻ വന്ന സ്വാമി എത്ര പേരുണ്ട് ഇവിടെ അയ്യോ പറയാൻ വയ്യേ കുറേ പേരുണ്ടാവും എന്നാലൊരു കണക്ക് വേണ്ടേ കണക്കിപ്പോൾ പറയാൻ വയ്യ എന്നാലും ഉണ്ടാവുമല്ലോ സ്വാമി ഒരു കണക്കുണ്ടാവണ്ടേ അറിയാത്തതുകൊണ്ടാണ് ഏ സ്വാമി എത്ര ജന്തുക്കൾ ഉണ്ടാവും മനുഷ്യന്മാരെ കണക്ക് പറയാം അല്ലാണ്ട് വേറെ പറയാൻ വയ്യ എന്തൊക്കെ ഉണ്ട് അവരൊന്നും അവർ താമസിക്കണറല്ലേ നമുക്കറിയില്ല നമ്മൾ അഭിമാനത്തോടി പറയും ഞാൻ എന്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരു ഒന്നര കുട്ടിയും അല്ലെങ്കിൽ മുക്കാൽ കുട്ടിയും എന്ന് പറയും എന്നിട്ടാ കണക്ക് കൊടുക്കുക പട്ടിയില്ലേ പൂച്ചയില്ലേ പാറ്റയില്ലേ കൊതുകുകളില്ലേ ഈച്ചകളില്ലേ പൂച്ചകളില്ലേ എല്ലാം ഉണ്ട് അവർക്കൊക്കെ എൻ്റെ വീടിന്ന് അഭിമാനമുണ്ട് ഇല്ലേ ഉണ്ട് നമ്മളെ വീട്ടിൽ മോന്തായത്തിൻ്റെ ഉള്ളിൽ ഒരു എലി കൂട് താമസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ആ എലി അതിൻ്റെ കൂട്ടുകാരെയൊക്കെ ഒരു തേയില സൽക്കാരത്തിന് വിളിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ഇതൊക്കെ എന്താ വിളിക്കുക ചുതാനന്ദമിയുടെ വീട്ടിൽ മോന്തായത്തിനുള്ളിൽ ഞാൻ കൂടു താമസിക്കുന്നുണ്ട് അവിടേക്ക് നിങ്ങൾ ചായ കുടിക്കാൻ വരണമെന്നാണോ വിളിക്കുക അതല്ല എൻ്റെ വീട്ടിലേക്ക് വരണമെന്നാണോ എന്താ വിളിക്കുക എന്താ വിളിക്കുക എൻ്റെ വീട്ടിലേക്ക് വരുന്ന വിളിക്കുക അതിന് ആധാരം വേണ്ട വാടകയും വേണ്ട ഒന്നും വേണ്ട ആധാര കെട്ടും വേണ്ട വാടക അടയ്ക്കണ്ട എൻ്റെ എന്നുള്ള അഭിമാനം അതിനുണ്ട് ഗൃഹസ്ഥൻ ഇതുപോലെ നമ്മളും ഗൃഹസ്ഥന്മാരായി കഴിഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ഗൃഹസ്ഥാശ്രമിയാവണം ആശ്രമധർമ്മമാണ് ഗാർഹസ്ഥ്യം എന്ന ഭാവനയോടുകൂടി ജീവിക്കണം അപ്പോൾ ആശ്രമം എന്തെന്ന് ചോദ്യം ആശ്രമം പരിപൂർണമായി ജന്മലക്ഷ്യപ്രാപ്തി വരെ ശ്രമം ചെയ്യാനുള്ള ഘട്ടമാണ് ഒരാശ്രമം ആ ഉപസർഗത്തിന് പൂർണമായും അതുവരെ എന്നൊക്കെയാണ് അർത്ഥം അതുവരെ ആ സേതു ഹിമാചലം അതുവരെ പൂർണമായും അപ്പോൾ പരിപൂർണമായും ജന്മലക്ഷ്യപ്രാപ്തി വരെ ശ്രമം ചെയ്യാനുള്ള ഘട്ടമാണ് ഓരോ ആശ്രമവും തന്നെ അപ്പോൾ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യേണ്ടുന്ന യജ്ഞങ്ങളെ ചെയ്ത് എൻ്റെ ജന്മലക്ഷ്യത്തെ പ്രാപിക്കുന്നതിനുള്ള ഒരു ഘട്ടമാണിത് ഈ തിരിച്ചറിവോടുകൂടി ജീവിക്കുക ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും ചെയ്യരുതാത്തത് ഒഴിവാക്കും ദിവസവും പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യണം ദിവസവും പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്താലേ ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമിയാവൂ നിർബന്ധമാണ് അങ്ങനെ ആശ്രമധർമ്മത്തെ പാലിക്കുന്നവൻ ഗൃഹസ്ഥാശ്രമി രണ്ട് വാനപ്രസ്ഥി വാനപ്രസ്ഥാശ്രമി വനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്തവനാണ് വാനപ്രസ്ഥൻ ഇത് ആശ്രമ വ്യവസ്ഥയിൽ മൂന്നാമത്തേതാണ് അപ്പോൾ ഗൃഹസ്ഥാശ്രമി എന്ന് പറയുമ്പോൾ ജീവിതത്തെ കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് കൈവന്ന ശേഷം എന്തിനാണ് കുടുംബജീവിതം എങ്ങനെയാണ് കുടുംബജീവിതം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ഒരാൾക്ക് വിവാഹ സംസ്കാരത്തിലേർപ്പെട്ടു വെച്ചാൽ വിവാഹം കഴിച്ച് കുടുംബധർമ്മത്തിലേക്ക് പ്രവേശിക്കാം അവിടെ സന്താനോൽപാദനം ഭംഗിയായി ചെയ്യണം ധനസമ്പാദനം ഭംഗിയായി ചെയ്യണം കുടുംബത്തെ ശക്തമായി നിലനിർത്തണം പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം ദാനം തുടങ്ങിയവ ചെയ്യണം ഇങ്ങനെയുള്ള കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ നിലനിൽക്കണം അതിനെ പോഷിപ്പിക്കണം അതേ സമയത്ത് തന്നെ ഒന്നറിയണം എൻ്റെ മക്കൾ വലുതായി കഴിഞ്ഞു ഇനി അവരാണ് ഈ യന്ത്രത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഞാൻ പിൻവാങ്ങിയാലേ അവരിതിനെ മുന്നോട്ട് നയിക്കൂ എന്ന് അതുകൊണ്ടൊരു നിശ്ചിത പ്രായമായി കഴിഞ്ഞാൽ അധികാരവും ബാധ്യതയും മക്കൾ കേൾപ്പിച്ച് നമ്മൾ പിന്മാറണം അതിന് രണ്ട് ലക്ഷണങ്ങൾ സ്വീകരിക്കാം ഒന്ന് ജരാനര ബാധിക്കുന്നുണ്ടോ നോക്കുക കറുപ്പ് പൂശ നടക്കരുത് ഇന്നിപ്പോൾ നിരക്കണില്ല ജനങ്ങൾക്ക് പ്രായം കൂടുന്തോറും കറുപ്പ് കൂടുക ചെയ്യണം അത് ഇതെന്ത് മറിമായ ഭഗവാനെ എന്ന് ആലോചിച്ചിട്ടൊരു പിടിയില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെയാണ് ചെ ചുമന്ന് കാണാമായിരുന്നു അതാന്നത്തെ മരുന്നിൻ്റെ ഒരു കുഴപ്പമാണ് ഇപ്പോഴത്തെ മരുന്ന് ഗംഭീര മരുന്നാ എന്ത് കൊറുപ്പാ ഓ അതെ ഈ വയസ്സായിട്ടില്ല ഞാൻ എപ്പോഴും ചെറുപ്പാ ഞാൻ എപ്പോഴും ചെറുപ്പ നാട്ടുകാരെ അറിയിച്ചിട്ട് നല്ല കാര്യമുണ്ടോ അവനോടെ അവസ്ഥ അവനോ അല്ലേ അറിയുള്ളൂ എന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് അങ്ങനെ കറപ്പിക്കാനാണ് അതൊരു അംഗീകൃത വിഷയമായി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ലജ്ജയൊക്കെ ഉണ്ടാവുമായിരുന്നൊരു ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ഒരു അംഗീകൃതമാണ് അത് ഒരു ചില ആൾക്കാരൊക്കെ ഈ ട്രെയിനിലൊക്കെ സീനിയർ സിറ്റിസന്റെ ടിക്കറ്റ് പാസ് കാണിച്ചു കൊടുക്കുമ്പോൾ ടി ടി ആർ നോക്കാറുണ്ട് നിങ്ങൾ തന്നെയാണോ അത് അതെ നാളൊരു ടി ടിആർ നമ്മളോട് പറഞ്ഞു മറിമായും സ്വാമി ഒക്കെ മറിമായും തന്നെ ഒന്നും മനസ്സിലാവൂല ഞങ്ങൾ എന്ത് ചെയ്യും കാർഡ് വിശ്വസിക്കണോ വിശ്വസിക്കട്ടെ കാരണം കാർഡില് നിലച്ചതൊക്കെ ആയിരിക്കും കാരണം അന്ന് ഈ കറപ്പിക്കണ പരിപാടി തുടങ്ങിയിട്ടില്ല ഇപ്പൊ നല്ല കറുകറുത്ത് കുട്ടപ്പനാ കാർഡ് കാണിക്കുകയും ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്യും ഇരിക്കട്ടെ അപ്പൊ അതുകൊണ്ട് കറപ്പിക്കാൻ പോവരുത് നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോ റോഡിലുള്ള ബോർഡുകൾ സൂചന ബോർഡുകൾ നൽകുന്ന സൂചനകൾ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുന്നത് അപകടമില്ലാതിരിക്കാൻ നല്ലതാണ് പ്രകൃതി നമുക്ക് തരുന്ന സൂചനകളാണ് തലനിരയ്ക്കുക പല്ല് പോവുക തുടങ്ങിയതൊക്കെ അപ്പം അതിനനുസരിച്ച് ജീവിതം ചുട്ടപ്പെടുത്തിയ നല്ലതാണ് കാരണം എന്തായാലും പോണം എന്തായാലും പോകണം അതിന് സംശയമില്ല സംശയമുണ്ടർക്കെങ്കിലും പോണ്ടേ എന്താ ഭഗവാൻ ആ പോകണം സംശയമില്ല ചില ആൾക്കാർ പോകാൻ നേരത്ത് വീട്ടിലാകെ ബഹളായിരിക്കും മുണ്ടില്ല ഷർട്ടില്ല ടിക്കറ്റില്ല മറ്റേ ബാഗില്ല അലക്കി വെച്ചതില്ല അതെവിടെ പോയി ഇതെവിടെ പോയി ഭാര്യയ്ക്ക് വഴക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വഴക്ക് കുട്ടിയൊക്കെ വഴക്ക് ഒന്നും കാണുകയില്ല എല്ലാം കൂടി വാര്യ വിളിച്ച് അവസാനം പെട്ടിയിലിട്ട് ഒരു പോക്കും പോവും അതെ അങ്ങനെയുണ്ട് ചില ആൾക്കാർ യാത്ര ദൂരയാത്രക്കൊക്കെ പോകാൻ വീട്ടിലാകെ പോലാപ്പാ ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള വീടുണ്ടാവും ചിലരങ്ങനെയല്ല ഇയാൾക്കല്ലേ ദൂരെ യാത്ര ചെയ്യാനുള്ളത് ഒരു പ്രശ്നമില്ല ഇതങ്ങനെ അത്ര ശാന്തനായിരിക്കണം ഒരു പാക്കിങ് ഒന്നും വേണ്ടേ പാക്കൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വാമി എനിക്കാണ്ട് പോയാൽ മതി സമയാവുമ്പോൾ തയ്യാറ് എപ്പോഴും തയ്യാറ് അതൊരു സുഖമാണ് ഈ തയ്യാറെടുക്കൽ സൂചനകൾക്ക് അനുസരിച്ച് നടത്തിക്കൊള്ളണം ഇപ്പം ജര വരുമ്പോൾ നര വരുമ്പോൾ മനസ്സിലാക്കുക ഇതാ ഓരോരോ സിഗ്നല് കിട്ടിത്തുടങ്ങി എന്ന് തയ്യാറെടുക്കുക മാനസികമായിട്ട് യാത്രയ്ക്ക് കൊടുക്കാനുള്ളത് ഏൽപ്പിക്കാനുള്ളതൊക്കെ ഏൽപ്പിക്കുക പിന്നെ വേറൊരു ലക്ഷണം പറയുന്നത് മൂത്ത കുട്ടിക്ക് കുട്ടിയായാൽ മൂത്ത കുട്ടിക്ക് കുട്ടിയായാൽ അധികാരം മുഴുവൻ അവരെ ഏൽപ്പിച്ച് പോയിക്കൊള്ളണം എന്നാ അപ്പൊ യഥാ പശ്യേത് അപത്യസ്യജ അപത്യം പുമാൻ എന്നൊരു ലക്ഷണം മനു പറയുന്ന വേറൊരു ലക്ഷണം പറയണത് യഥാപശിയത് വലിയ ഫലിതമാത്മനഹ എന്നാണ് വലിയ ഫലിതം ജരാനര ഈ വലി ദേഹത്തൊക്കെ വരവീഴുക എന്നുവെച്ചാൽ ജര ഉണ്ടാവുക അതുപോലെ നരേണ്ട അവ സൂചന ബോർഡാണെന്ന് മനസ്സിലായിക്കോ ഇത് മനസ്സിലാക്കാൻ വീട്ടിലൊരു കണ്ണാടി എല്ലാവരും വെക്കണം എല്ലാം വീട്ടിലൊരു കണ്ണാടി വേണം ഇടയ്ക്ക് ഇത് നോക്കണം അതെ ആയിക്കഴിഞ്ഞാൽ മക്കളെ വിളിച്ചു മക്കളെ ഞാൻ ഇത്ര കാലം ഇതൊക്കെ നോക്കി നടന്നു കിട്ടോ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു നന്നാവാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പോവുമായി ഇനിയൊക്കെ നിങ്ങൾ നോക്കി നടത്തിക്കോളൂ ഒക്കെ നന്നാക്കിക്കോളൂ പൂർവികന്മാർ പരിപാലിച്ച സത്യധർമ്മങ്ങളെ നിങ്ങളും പരിപാലിക്കണം കള്ളം പറയരുത് ഒരു കാരണവശാലും കള്ളം പറയരുത് ധർമ്മമനുസരിച്ച് ജീവിക്കൂ എന്നാൽ ഒക്കെ നന്നാവും എന്നനുഗ്രഹിച്ചിട്ട് അങ്ങ് ഇറങ്ങുക എങ്ങോട്ടെ കാട്ടിലേക്ക് എൻ്റെ സ്വാമി ഇന്ന് ഇപ്പോൾ കാട്ടിൽ പോയാൽ ഫോറസ്റ്റ് ഗാർഡ്മാരെ അവിടെ വെച്ചേക്കോ നമ്മൾ ഇരുത്തിപ്പുറപ്പിക്കുക അവിടെ കാ അതുകൊണ്ടാണ് ഞാൻ പോകത്തല്ലെങ്കിൽ ഞാൻ പോവായിരുന്നു ശരി എന്നാൽ ഇന്നത്തെ കാലത്തൊരു കാര്യം ചെയ്യുമോ കാട്ട് പോണമെന്നില്ല വീട്ടിൽ തന്നെ ആയിക്കോട്ടെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ഒന്നും ഇടപെടാൻ പാടില്ല മുഴുവൻ അധികാരവും മക്കൾ കൊടുത്തോളണം ഞാൻ അവിടെ വെച്ച നീ എവിടെ വയ്ക്കാൻ എന്നെ ചോദിച്ചേക്കരുത് ഓഹ് ഞാനായിരുന്നപ്പോൾ ഈ വീടൊക്കെ മര്യാദക്ക് നടന്നതാ സത്ത് കയറി പറ്റിയപ്പോൾ തന്നെ ഒക്കെ ആയി എന്ന് പറയാൻ പാടില്ല അങ്ങനൊരു ഭാഗത്ത് വേ കൂടിക്കൊളീശ്വരനാമം ജപിച്ചിട്ട് അപ്പം നാളെ നാളെ പറഞ്ഞു സ്വാമി അങ്ങനെ ജപിച്ചു കൂടേണ്ട പ്രായൊന്നും ആയിട്ടില്ല ഇപ്പം ഈ മെഡിക്കൽ സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ് കൊണ്ട് രണ്ട് മൂന്ന് ഇംഗ്ലീഷ് വാക്കൊക്കെ പറയും പ്രായം കുഴപ്പമൊന്നുമില്ല ഈ വയസ്സായാലും നല്ല ആരോഗ്യമുണ്ട് ഒരു കാര്യം ചെയ്യുമോ ഇത്രയും കാലം കുടുംബത്തിന് വേണ്ടി പണിയെടുത്തില്ലേ ഇനി മക്കൾ ചെയ്യട്ടെ കുടുംബത്തിന് വേണ്ടി ഇനി പണിയെടുക്കരുത് നാടിനു വേണ്ടി പണിയെടുക്കും വയസ്സായി ആരോഗ്യമുണ്ട് എന്ന് ഉറപ്പുള്ളവര് സമൂഹത്തിന് വേണ്ടി സേവ ചെയ്യൂ എന്തൊക്കെ സേവാ മേഖലകളുണ്ട് വീട്ടിലേക്ക് വേണ്ടി ഇനിയും സമ്പാദിക്കരുത് മക്കളെ പണിയാണ് ഇനിയും നമ്മൾ തന്നെ സമ്പാദിച്ചാൽ മക്കൾ നശിച്ചു പോവും അവർ കഴിവ് കേട്ടവരായിപ്പോവും ഓരോ തലമുറയും കടന്നു പോകുമ്പോൾ പക്വതയുള്ള പാകതയുള്ള ഏറ്റെടുക്കാൻ സന്നദ്ധമായ അടുത്ത തലമുറയെ നമ്മൾ തയ്യാറാക്കി വയ്ക്കണം അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് വരും പല പ്രസ്ഥാനങ്ങളിലും പറ്റുന്നൊരു കുഴപ്പമാണ് അതിൻ്റെ പ്രധാനപ്പെട്ടയാളു പോയിക്കഴിഞ്ഞാൽ തകരും എന്തുകൊണ്ടെന്നാൽ അയാൾ വളരെ പടർന്നു പിടിച്ച് നല്ല ഛായ കൊടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ വളർന്നു വന്നില്ല എപ്പോഴും ഒരു നല്ല കാര്യകർത്താവ് അടുത്ത ജനറേഷനെ രൂപപ്പെടുത്തും അത് ചെയ്യണം അങ്ങനെ കാട്ടിലേക്ക് പോകുന്നതാണ് വാനപ്രസ്ഥാശ്രമം ഇന്നത്തെ സഹായത്ത് കാട്ടു പോണമെന്നില്ല ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി അവിടെ എന്താ പണി ഉപാസന ഉപാസന ഉപാസന വേറൊരു പണിയില്ല സൂക്ഷ്മ ഉപാസനകളിലൂടെ നല്ല വിവേക വൈരാഗ്യങ്ങളെ സമ്പാദിക്കുക അതാണ് പണി ഈ ഒട്ടല് വീട്ടിൽ നിന്ന് വിട്ടാലും കുറച്ച് ഒട്ടലുണ്ടാവും അത് വിവേകം കൊണ്ടില്ലാണ്ടാക്കുക അതാണ് വാനപ്രസ്ഥൻ്റെ പണി സന്യാസി അടുത്തത് സന്യാസിഷണകളെ ഉപേക്ഷിച്ചവൻ എൻ്റെ മക്കൾ എൻ്റെ ധനം എൻ്റെ ലോകം എൻ്റെ മക്കൾ എൻ്റെ ധനം എൻ്റെ ലോകം ഈ മൂന്ന് ഏഷണകളെ ഇതെൻ്റെതെന്ന കെട്ടുപാടുകളെ ഉപേക്ഷിച്ചവനാരോ അതിക്രമിച്ചവനാരോ അവനാണ് സന്യാസി മ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചവനാരോ അവനാണ് സന്യാസി കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചവൻ സന്യാസം ജ്ഞാനവൈരാഗ്യ ലക്ഷണമാണ് കാഷായ ലക്ഷണമല്ല സന്യാസിയുടെ ലക്ഷണമല്ല കാഷായം സന്യാസിയുടെ ലിംഗമാണ് കാഷായം ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലക്ഷണം സൂചന സന്യാസിയുടെ ശരിയായ ലക്ഷണം ജ്ഞാനവൈരാഗ്യ ലക്ഷണമാണ് ജ്ഞാനവും വൈരാഗ്യവും അടുത്തത് സ്വാമി സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ സ്വാമി യജമാനൻ എന്തിൻ്റെ യജമാനൻ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ുദ്ധിയുടെ ഇങ്ങനെ തൻ്റെ ഉപാധികളുടെ യജമാനായി സ്വയം കഴിയുന്നവൻ തനിക്കുപരി തന്നാൽ നിയന്ത്രണം കൈവന്നവൻ അവനാണ് സ്വാമി യജമാനൻ കരണങ്ങളുടെ യജമാനൻ ഇന്ദ്രിയങ്ങളുടെ മനസ്സിൻ്റെ ബുദ്ധിയുടെ യജമാനൻ മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നു സ്വന്തം ഇഷ്ടത്തിന് നിവർത്തിക്കുന്നു പ്രവർത്തിപ്പിക്കാനും നിവർത്തിപ്പിക്കാനും സാമർഥ്യത്തോടൊത്തവൻ സ്വാമി മുനിരന്തരം മനനം ചെയ്യുന്നവനാരോ അവൻ മുനി നിരന്തരം പരമസത്യത്തെ ഈശ്വര തത്വത്തെ മനനം ചെയ്യുന്നവനാരോ അവൻ മുനി ഈശ്വര തത്വത്തെ നിരന്തരം മനനം ചെയ്യുന്നവൻ അതാണ് ശരിയായ അർത്ഥം ചിലപ്പോൾ മൗനം അവലംബിക്കുന്നവനെയും മുനിയെന്ന് പറയാറുണ്ട് കേവലം മൗനം അവലംബിച്ചു എന്നുള്ളത് കൊണ്ട് മനനത്താൽ സ്വാഭാവികമായി മൗനം കൈവരികയാണ് ചെയ്യുന്നത് എന്ന് പറയാം മനനത്താൽ സ്വാഭാവികമായി മൗനം കൈവരികയാണ് ചെയ്യുന്നത് അല്ലാതെ കൃത്രിമമായി മൗനം അവലംബിക്കുകയല്ല തത്ത് ബാലാന മൗനം അത് കുട്ടികളുടെ മൗനമാണ് ഇവരെ കുറിച്ച് ആശ്ചര്യം ലളിതമായി പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കണം ഗുരുവിനെ സ്വീകരിക്കാൻ ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു ഭക്തനെന്ത് ഗുരുവിനെ സ്വീകരിക്കാൻ ഭക്തന് ഗുരു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ഭക്തൻ തന്നെ ഈ ചില പ്രഭാഷണ വേദികളിലൊക്കെ പോകുമ്പോ അല്ലാത്തൊരു അസഹ്യത തോന്നുന്നൊരു വിഷയം അവർ സ്വാഗതം പറയുന്ന ആൾ പറയും ഈ ഭക്തജനങ്ങൾ എല്ലാവരും സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അല്ലയോ വിശ്വാസികളെ സ്വാമീജിയുടെ പ്രഭാഷണം കേൾക്കും എന്നൊക്കെ പറയും ഈ ഭക്തനെന്തിനാണ് പ്രഭാഷണം കേൾക്കുന്നത് വിശ്വാസി എന്തിനാണ് പ്രഭാഷണം കേൾക്കുന്നത് ഭക്തനും വിശ്വാസിയും കേട്ടാലും കേട്ടില്ലെങ്കിലും ഭക്തനും വിശ്വാസിയും തന്നെയാണ് അവൻ അവൻ വിവേകം ചെയ്യുന്ന ഒന്നുമില്ല അവന് വിവേകം ചെയ്യേണ്ട ആവശ്യമില്ല ഭക്തനെ താറ്റി പറഞ്ഞതല്ലാട്ടു അങ്ങനെ വിചാരിക്കരുതേ ഭക്തൻ എപ്പോഴും ഭക്തൻ തന്നെയാണ് കേട്ടാലും കേട്ടില്ലെങ്കിലും ഭക്തന പ്രവാസം കേട്ടാലും കേട്ടില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഭക്ത ഭക്തൻ തന്നെയാണ് ശാസ്ത്രശ്രവണം ചെയ്യുന്നത് പഠിക്കുന്നത് ജിജ്ഞാസുവാണ് വിവേക്കിയാണ് വിശ്വാസിയല്ല വിവേകമുള്ളവൻ വിവേകമുള്ളവനാണ് കേൾക്കേണ്ടത് യുക്തി ബോധമുള്ളവനാണ് കേൾക്കേണ്ടത് യുക്തനാണ് ഭക്തനല്ല കേൾക്കേണ്ടത് യുക്തിയുള്ളവൻ മറ്റവനൊരു വൈകാരിക നിലപാടാണ് ഉണ്ടാവണം വൈചാരിക നിലപാടല്ല അപ്പോൾ ഗുരുവെ സ്വീകരിക്കേണ്ടത് ജിജ്ഞാസുവായിരിക്കണം മുമുക്ഷുവായിരിക്കണം മോക്ഷമാണ് സമ്പൂർണ്ണ ദുഃഖ നിവൃത്തിയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നറിഞ്ഞതിനെ പ്രാപിക്കാനിച്ഛിക്കുന്നവനാവണം തത്വമറിയാനിച്ഛിക്കുന്നവനാവണം തത്വമറിയാനിച്ഛിക്കുന്നവനാണ് ഗുരുവെ പ്രാപിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഗുരുവെ സ്വീകരിക്കാൻ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു ഗുരുവെ സ്വീകരിക്കാൻ ആരാ പോകുന്നേ ഒന്നും കൂടി വ്യക്തമായി പറയാം ഒരാൾ ഗുരുവാകുന്നത് ആർക്കാണ് ശിഷ്യനാണ് അതുകൊണ്ട് എനിക്ക് ശിഷ്യ ഗുണങ്ങളെല്ലാം ഉണ്ടോ എന്നാദ്യം നിരൂപണം ചെയ്യണം നമ്മൾ പലപ്പോഴും ഗുരുവിനെ തൂക്കാനാവുക ഗുരുവിനെ അളക്കാനാ പോവുക ഗുരുവിനെ തൂക്കുന്ന അളക്കണ അവിടെ നിൽക്കട്ടെ സ്വയം അളക്കുകയും തൂക്കുകയും ചെയ്യുക ഞാനൊരു ശിഷ്യനായിട്ടുണ്ടോ ശാസ്ത്രത്തിൽ ശിഷ്യലക്ഷണങ്ങൾ പറയുന്നതൊക്കെ എനിക്കുണ്ടോ ഇത് നിരൂപണം ചെയ്യാം അതിനായിരിക്കണം നമ്മുടെ ശ്രദ്ധ ജിജ്ഞാസുവായിരിക്കണം ശരിയായ ജിജ്ഞാസെനിക്കുണ്ടാവണം ശരിയായ ജിജ്ഞാസ ഉണ്ടാവുക അറിയാനുള്ള ഇച്ഛ അറിയാനുള്ള ഇച്ഛയുള്ളവരാണ് ഗുരുവെ പ്രാപിക്കേണ്ടത് അങ്ങനെ ഗുരുവെ പ്രാപിച്ചാൽ ഗുരുനാഥൻ ഉപദേശിക്കുന്നത് അനുഷ്ഠിക്കാനുള്ള സന്നദ്ധത ഉണ്ടായിരിക്കണം അങ്ങനെ അനുഷ്ഠിക്കണമെങ്കിൽ തൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും തോന്നിയോണം മേയുന്നതാണെങ്കിൽ പറ്റില്ല ഇന്ദ്രിയ മനോബുദ്ധി തുടങ്ങിയ കരണങ്ങളെ നിയന്ത്രിച്ച് ശീലം വേണം ഗുരുനാഥൻ ഉപദേശിക്കുന്നത് ശ്രവിക്കാനുള്ളൊരു സമാധാനം വേണം ഗുരുനാഥൻ ഉപദേശിക്കുന്നത് സത്യത്വ ബുദ്ധിയോടുകൂടി കേൾക്കണം അതിനുള്ള ശ്രദ്ധ ഉണ്ടാവണം ഇങ്ങനെയുള്ള സമ്പത്തുകൾ കൈവശം ഉണ്ടായിരിക്കണം ഗുരുവെ പ്രാപിക്കുമ്പോൾ ഗുരുവെ തൂക്കാനും പിടിക്കാനും പോകണ്ട എന്ന് പറഞ്ഞു എങ്കിലും അപകടങ്ങളിൽ ചെന്ന് ചാടരുത് കാലനേമികളുടെ ശിഷ്യന്മാരായി പോകരുത് കാലനേമി ഇതാ ഉപദേശം കൊടുക്കുന്നു ഉപദേശം കൊടുക്കുന്നു എന്ന് പരസ്യപ്പെടുത്തുന്നവനാണ് വന്നോളൂ വന്നോളൂ മന്ത്രദീക്ഷ റെഡിയും കാലനേമി ഉത്തമ ശിഷ്യനെ കിട്ടി കാലനേമിക്ക് കഴിഞ്ഞു അതോടുകൂടി കഴിഞ്ഞു പിന്നെ കാലനേമിയില്ല ഹനുമാൻ ദി ഭർത്ത കുളിച്ചു വരൂ ീക്ഷ സ്വീകരിക്കാം അങ്ങനെ ഹനുമാൻ ഭക്തൻ കുളിക്കാൻ പോയി കുളിച്ചു വന്നു കഴിഞ്ഞു കാലനമിന്റെ കഥ കഴിച്ചു അത് ശ്രദ്ധിക്കണം എന്തുകൊണ്ടെന്നാൽ ബഹവസന്ധി ഗുരവ ശിഷ്യവിത്താപഹാരുർലഭോയം ഗുരുർദേവി ശിഷ്യഹൃത്താപഹാരക അല്ലയോ ദേവി ധാരാളം ഗുരുക്കന്മാരുണ്ട് ശിഷ്യന്മാരുടെ പണത്തെ അപഹരിക്കുന്നവര് എന്നാൽ ശിഷ്യന്റെ ഹൃദയത്തിന്റെ താപത്തെ ഇല്ലാതാക്കുന്ന ഗുരു വളരെ വളരെ ദുർലഭമാണ് നമുക്ക് ആദ്യം അളക്കാൻ പറ്റുമോ അളക്കാൻ പറ്റില്ല പക്ഷെ താൻ ശരിയായ ശിഷ്യനായാൽ താൻ ഒരിക്കലും അനർത്ഥങ്ങളിൽ ചെന്ന് ചാടില്ല അതുകൊണ്ട് ഗുരുവെ തൂക്കാൻ പോണതിന് പകരം സ്വയം താൻ ശിഷ്യലക്ഷണങ്ങൾ ഉള്ളവനായിരിക്കുന്നുവോ എന്ന് വിലയിരുത്തേണ്ടതാണ് ബഹുമാനപ്പെട്ട സ്വാമിജിയൻ്റെ താഴെപ്പറയുന്ന സംശയങ്ങൾക്ക് മറുപടി തരുവാൻ അപേക്ഷിക്കുന്നു ശബരിമല ശ്രീധർമ്മശാസ്താവ് ശ്രീ ബുദ്ധനാണെന്നും ശരണം എന്ന വാക്ക് ബുദ്ധമതവുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു പക്ഷേ ബുദ്ധമതത്തിൻ്റെ ആവിർഭാവത്തിന് എത്രയോ മുമ്പേ ഋഗ്വേദത്തിലും മറ്റു വേദങ്ങളിലും ശരണം എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് മറ്റൊരു വിഭാഗം അവകാശപ്പെടുന്നതും കാണുന്നു ഇതൊന്ന് വിശദീകരിച്ചു തരുവാൻ താല്പര്യപ്പെടുന്നു ബുദ്ധൻ എത്രയോ മുമ്പ് ശരണശബ്ദമുണ്ട് വലിയ വലിയ സങ്കീർണങ്ങളായി ജനപ്രസിദ്ധങ്ങളല്ലാത്ത മന്ത്രങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ജനപ്രസിദ്ധമായ ഒരു ഒരു മന്ത്രത്തിൽ തന്നെ ദുർഗാം ദേവീം ശരണം അഹം പ്രപദ്ധ്യേ ബുദ്ധനും രണ്ടര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഗീതയിൽ ഉണ്ട് ശരണശബ്ദം ഇതിഹാസ പുരാണങ്ങളിൽ നിറയുണ്ട് വൈദിക ശാസ്ത്രങ്ങളിലുണ്ട് ബുദ്ധൻ ഒരു മറ്റൊരു മതക്കാരനല്ല ബുദ്ധൻ ബുദ്ധൻ സനാതനധർമ്മത്തിൻ്റെ നവീകരണത്തിന് ദിശ കാണിച്ച ഒരു മഹാനാണ് ഒരു നവീകരണ പ്രസ്ഥാനമായിട്ടേ ബൗദ്ധത്തെ നമുക്ക് കാണാൻ കഴിയും പൗരോഹിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ ദോഷം അത്യന്തമായ ഹിംസകൾ ജന്തു ബലികൾ പെരുകിയപ്പോൾ തന്നുള്ളിലെ പശുവെ കൊല്ലാൻ സാധിക്കാത്ത നമ്മൾ മുണ്ടാപ്രാണികളെ കൂട്ടം കൂട്ടമായി പിടിച്ചുകൊണ്ടുവന്ന് കൊന്നൊടുക്കിയപ്പോൾ കൊല്ലപ്പെടുന്ന ബലിമൃഗത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് യാഗത്തിൻ്റെ മഹിമ പ്രഖ്യാപിതമായപ്പോൾ അങ്ങനെ സനാതനധർമ്മം ഹിംസയിൽ മുങ്ങിയപ്പോൾ അന്തരീക്ഷത്തെ പോലും പരിശുദ്ധമാക്കേണ്ടുന്ന ഹോമധൂപങ്ങളുടെ സ്ഥാനത്ത് രക്തത്തിൻ്റെ ദൗർഗന്ധ്യം പരന്നപ്പോ മനുഷ്യനെ മറ്റു ജീവജാലങ്ങളെ എന്നല്ല സസ്യങ്ങളെപ്പോലും ശാന്തരാക്കുന്ന മന്ത്രധ്വനികൾ ഉയരേണ്ടടുത്ത് മൃഗങ്ങളുടെ രോദനശബ്ദം ഉയർന്നപ്പോൾ അപ്പോഴാണ് ഭഗവാൻ ബുദ്ധൻ വേദത്തിലേ വന്നു ചേർന്ന തെറ്റിദ്ധാരണകൾ ഹേതുവായി വൈദിക കർമ്മങ്ങൾ ദുഷിച്ചതിനെ ചൂണ്ടിക്കാണിച്ച് വൈദിക കർമ്മങ്ങൾ എതിർത്തോണ്ട് വന്നത് വേദത്തെ എതിർത്തിട്ടില്ല ശ്രീ ബുദ്ധൻ താൻ പറയുന്നത് വേദസമ്മതമാണെന്ന് ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ള കുഴപ്പമാണ് ബുദ്ധന് വന്നത് താൻ ചൂ താൻ പറയുന്നത് വേദസമ്മതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഭാരതം സ്വീകരിക്കുമായിരുന്നു അതുണ്ടായില്ല ആ ഒറ്റ തകരാറേ ബുദ്ധന് സംഭവിച്ചുള്ളൂ ബാക്കിയെല്ലാം ഔപനിഷിതമായ ആശയങ്ങൾ തന്നെയാണ് ശ്രീ ബുദ്ധ ഭഗവാൻ പ്രചരിപ്പിച്ചത് പിന്നീട് ബുദ്ധനെ തെറ്റിദ്ധരിച്ച ബുദ്ധൻ്റെ അനുയായികൾ ബൗദ്ധന്മാർ ശൂന്യവാദികളും വേദനിഷേധികളും തദ്വാര നാസ്തികന്മാരും ഒക്കെയായി പരിണമിച്ചു അല്ലാതെ ബൗദ്ധം മറ്റോ നവീകരണ പ്രസ്ഥാനമാണ് ഏതായാലും ഇവിടെ പ്രസക്തമായ വിഷയം ശബരിമല ധർമ്മശാസ്ത്രാവ് ശ്രീബുദ്ധനാണെന്ന് ഒരു പക്ഷം അഭിപ്രായപ്പെടുന്നുണ്ട് അത് വിഡിത്തമാണ് ഇതൊക്കെ ചില അഭിപ്രായഗതികൾ മുന്നോട്ട് വെക്കുന്നതാണ് ശാസ്ത്രസംഹിതമായിട്ടുള്ള ഒരു തെളിവുമില്ല ചില അഭിപ്രായഗതികൾ ശബരിമല ആയിരക്കണക്കിന് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ വികസിക്കാൻ തുടങ്ങിയപ്പോൾ ക്രമേണ അവിടെ ലോകത്തിൽ തന്നെ ഏറ്റവുമധികം തീർത്ഥാടകർ ഒത്തുചേരുന്ന സങ്കേതമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി പുതിയ വാദഗതികളുമായി വരുന്നത് ഇത് ബൗദ്ധ സ്ഥാപനമാണ് ആ ഇരിപ്പ് കണ്ടറിഞ്ഞൂടെ ബുദ്ധനാണെന്ന് ഉത്തരഭാരതത്തിൽ പ്രചരിതങ്ങളായ അല്ലെങ്കിൽ ഭാ ലോകത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ പ്രചരിതമായ ഏറെക്കുറെ സമാന രൂപമുള്ള ബൗദ്ധ പ്രതിമകളുമായി ഒരു ബന്ധവും ഒരു ഛായയും അയ്യപ്പൻ്റെ കിരീടവും മറ്റും ധരിച്ച രൂപത്തിനില്ല ഒരു ഛായയുമില്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ബൗദ്ധ പ്രതിമകൾക്ക് സാമാന്യമുണ്ട് സമാനതയുണ്ട് അങ്ങനത്തെ ഒരു സമാനതയും അയ്യപ്പൻ്റെ വിഗ്രഹവുമായിട്ടില്ല അതൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു അവരുടെ ഉദ്ദേശം മറ്റൊന്നല്ല മോഹായ ജഗത ഈ ഈ സാമാന്യ സമൂഹത്തെ മോഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വേറൊരു ഉദ്ദേശവും ഇല്ല ഇതൊന്നും ശാസ്ത്ര പ്രമാണമനുസരിച്ച് തെളിയിക്കാൻ കഴിയാത്തതാണ് പതിനെട്ടെന്ന സംഖ്യ ഹിന്ദുമതവുമായും ബുദ്ധമതവുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അറിയില്ല അറിയാത്ത വിഷയമാണ് പ്രസംഗക്കാര് പലതും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളും കേട്ടിട്ടുണ്ട് മഹാഭാരതത്തിൽ പതിനെട്ട് പൂർവങ്ങൾ ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങൾ പുരാണങ്ങൾ പതിനെട്ട് അത് പതിനെട്ട് ഇത് പതിനെട്ടെന്ന് പക്ഷെ അതൊന്നും ഇതിന് യുക്തിഭദ്രമായി മറുപടിയാവില്ല അതുകൊണ്ട് ഏറ്റവും നല്ല മറുപടി അറിയില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാ സംഖ്യകളും പവിത്രം തന്നെയാണ് ഒന്നാണെങ്കിലും നമുക്കുണ്ട് രണ്ടാണെങ്കിലും നമുക്കുണ്ട് മൂന്നാണെങ്കിലും ഉണ്ട് നാലാണെങ്കിലും ഉണ്ട് എല്ലാം നമുക്കുണ്ട് എല്ലാം വേണം മൂന്നിന് മാത്രം പ്രാധാന്യം അതില്ല മൂന്നിനും പ്രാധാന്യം നാലിനും പ്രാധാന്യം അഞ്ചിനും പ്രാധാന്യം എല്ലാ സംഖ്യകൾക്കും പ്രാധാന്യമാണ് സന്ദർഭികമായി പറയും അതുപോലെ എല്ലാ ദിവസങ്ങൾക്കും പ്രാധാന്യമാണ് എല്ലാ ദിവസങ്ങളും ദൈവത്തിന് പ്രത്യേക ദിവസമൊന്നുമില്ല എല്ലാ ദിവസവും നമ്മുടെ ദൈവങ്ങളുടെ ഓഫീസ് എല്ലാ ദിവസവും തുറന്നിരിക്കും എല്ലാ ദിവസവും എന്നും പരാതിയായിട്ട് പോവാം ഒരാഴ്ച കാത്തിരിക്കും വേണ്ട ഇത് അതന്നെ ഒരിടത്ത് തിരക്കാന്ന് വെച്ചാൽ വേറെ തലത്തിൽ പോകാം കോടി കണക്കിനുണ്ട് ഒന്നും രണ്ടും മൂന്നൊന്നും അല്ല മറ്റേ ഒന്നേ ഉള്ളൂ ചേശ്നാണ് ആയിരം പേര് ഒന്നിച്ച് വിളിച്ചാൽ പതിനായിരം പേര് ഒന്നിച്ച് വിളിച്ചാൽ ഒരു ദൈവം എന്ത് ചെയ്യും ഭഗവാനെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ചില നമ്മളോട് പറഞ്ഞു ഇലക്ട്രിസിറ്റി ഓഫീസുകാരുന്നുണ്ട് പിടിക്കരുത് നമ്മളിത് നേരിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ ഫോൺ എടുത്ത് അങ്ങോട്ട് പൊന്നിച്ച് വെക്കുന്നു മഴക്കാലം വരുമ്പോൾ പെരും മഴ വരുമ്പോൾ ഫോൺ എടുത്തിട്ട് റിസീവർ എടുത്തിട്ട് പൊന്തിച്ച് മാറ്റി വെക്കുന്ന ആ പറഞ്ഞത് ആരും പറഞ്ഞാലോട്ടോ ഞാൻ വിചാരിക്കേണ്ട അതെ നേരിട്ട് എന്നോട് പറഞ്ഞതാണ് രുചിതാനന്ദിയോട് കാരണം കംപ്ലൈൻറ്റോട് കംപ്ലൈൻറ് കാറ്റ് പാടിച്ചു അവിടെ പോസ്റ്റ് വീണും ഇവിടെ അത് വീണും ഇവിടെ അത് കേടു ഇവിടെ കേട് എടുത്ത് മാറ്റി വച്ചാൽ ഒരു പ്രശ്നമില്ല ആര് വിളിച്ചാലും ബിസി ഇല്ല അതിന് ബിസിയാണ് കാരണം എന്താ അവരെന്ത് ചെയ്യും ആകെ രണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ആയിരം സ്ഥലത്ത് നിന്നാണ് വിളി വരുന്നത് പോകാൻ പറ്റില്ല ഒരു ദൈവം വിളിച്ചാൽ പതിനായിരം പേര് വിളിച്ചാൽ എങ്ങോട്ടാണ് പോവുക ഭഗവാൻ വിചാരിക്കും ചെറിയ സീവർ എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ആ പ്രശ്നം ഇല്ല കോടിക്കണക്കിന നീ എന്നെ വിളിക്കാൻ കേട്ടോ നീ ഒന്ന് ആ വഴിക്ക് പോവാം ഈ വഴിക്ക് ഞാൻ പോവാം അവർ തമ്മിൽ തീരുമാനിച്ചോളൂ അടിയന്തരമായിട്ട് വിഷ്ണു എടാ വിഷ്ണു ഞാനിപ്പോൾ അടിയന്തരമായിട്ട് സ്ഥലത്തേക്ക് പോകാണല്ലോ ശിവ നീ ഒരു കാര്യം ചെയ്യും തൽക്കാലം നീന്തപ്പോ ഓ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് പിന്നെ ആക്കാം തൽക്കാലം ഭക്തൻ്റെ കാര്യം നടത്തി കൊടുക്കുക ബാക്കി നമ്മൾ തമ്മിലുള്ള ഡെബിറ്റും ക്രെഡിറ്റൊക്കെ നമുക്ക് പിന്നെ നോക്കാം അതാണ് ഒരുപാട് ദൈവങ്ങളാണ് പതിനെട്ടിന് മാത്രം നമുക്കറിയില്ല എല്ലാ സംഖ്യയ്ക്കും പ്രാധാന്യമുണ്ട് നമുക്കറിയാത്തതുകൊണ്ടാണ് ശരി പിന്നെ ചിലർ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാൽ പറഞ്ഞുതരാട്ടോ പക്ഷേ അതിലർത്ഥമില്ല ഗീതയ്ക്ക് പതിനെട്ട് അധ്യായം പതിനെട്ട് പുരാണങ്ങൾ മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസമാണ് നടന്നത് മഹാഭാരതത്തിൽ പർവ്വങ്ങൾ പതിനെട്ടാണ് ഇങ്ങനെ ഒരുപാട് പറയും അങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഏഴും നമുക്ക് പറയാം എട്ടും പറയാം ഒമ്പതും പറയാം ഒക്കെ പറയാം എല്ലാം നമുക്കുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മറുപടി അറിയില്ല ഏറ്റവും ഉത്തമമായ മറുപടി അറിയില്ല നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നാൽപ്പത്തൊന്ന് സംഖ്യക്ക് മതവുമായുള്ള ബന്ധം അറിയില്ല മണ്ഡലകാലം ഒരു മണ്ഡലം നാൽപ്പത്തൊന്നാണ് ഔഷധ സേവനത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മണ്ഡലം ഔഷധം കഴിക്കുക അങ്ങനെയുണ്ട് കഷായം ഒരു മണ്ഡലം കഴിച്ചോളൂ ഇപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഷായം കുടിക്കുക അങ്ങനെയൊക്കെ വൈദ്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം എന്താ അറിയില്ല അതുണ്ടാവും അതും ഇല്ലാണ്ട് അറിയില്ല ചിലർ സത്വഗുണവും മറ്റു ചില രജോ ഗുണവും വേറെ ചിലർ തമോ ഗുണവും ഉള്ളവരാണെന്ന് സ്വാമിജി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നിച്ച് പറഞ്ഞു ഏതെങ്കിലും ഗുണം മാത്രമുള്ളവരായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു സത്വ രജ തമോ ഗുണങ്ങളുടെ സമ്മിശ്രഭാവമാണ് എല്ലാവരിലും എന്ന് വ്യക്തമായി പറഞ്ഞു അല്ലാണ്ട് സാത്വികന്മാർ മാത്രം ആരും ഉണ്ടാവില്ല രാജസികന്മാർ മാത്രം ആരുണ്ടാവില്ല താമസികന്മാർ മാത്രം ആരുണ്ടാവില്ല സമ്മിശ്രമാണ് ഗുണങ്ങൾ എന്ന് പറഞ്ഞു എന്നാൽ സത്വഗുണമുള്ളവർ തന്നെ ചില സാഹചര്യങ്ങളിൽ തമോ ഗുണമുള്ളവരെക്കാൾ മോശമായി പെരുമാറുന്നത് നമ്മുടെ പുരാണത്തിലും ചരിത്രത്തിലും കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ സത്വം മാത്രമായിട്ട് ആരും ഉണ്ടാവില്ല എന്നേ അവർക്ക് രജസ് പൊന്തി വരേണ്ട സമയത്ത് രജസ് പൊന്തി വരും ഇവിടെ എന്തിനാണ് വേറെ ആളെ നിഷ്ടാന് നമ്മളെ ഇഷ്ടം എടുക്കുക ഇപ്പോൾ ഈ സ്റ്റേജിൽ പ്രസംഗിക്കാനിരിക്കുക കുറേ പേര് കേൾക്കാൻ മുമ്പിലിരിക്കുന്നുണ്ട് എന്തെങ്കിലൊക്കെ ഗുണമുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് സത്വഗുണമാണ് ഇവിടെ കൂടുതൽ പ്രവർത്തിക്കേണ്ടത് ഇത് കഴിഞ്ഞു ആശ്രമത്തിലെത്തി കിടന്നുറങ്ങാൻ പുറപ്പെടുക അപ്പോൾ സത്വഗുണം പ്രവർത്തിച്ചാൽ ഉറങ്ങുക അവിടെ തമോ ഗുണം പ്രവർത്തിക്കണം അപ്പം തമസധികണം തമസധികമായി സുഖമായിട്ട് ഉറങ്ങും അതിന് എന്തേലും പ്രവർത്തിക്കാൻ പുറപ്പെടുകയാണ് ആ അന്നം വേണ്ട പല്ലയക്കണം കുളിക്കണം സത്വവും തമസവും പ്രവർത്തിച്ചാൽ പല്ലേപ്പം കുളി നടക്കില്ല അവിടെ രജസ് പ്രവർത്തിക്കണം അല്ലെങ്കിൽ എന്തേലും പ്രവർത്തനങ്ങൾ ചെയ്യണം അവിടെ നിങ്ങോട്ട് വണ്ടി ഓടിച്ചു വരണം ആശ്രമത്തിൽ വണ്ടി ഓടിച്ചു വരണമെങ്കിൽ സത്വം കൊണ്ട് അവിടെ ഇരുന്നാൽ അല്ലെങ്കിൽ തമസം കൊണ്ട് അവിടെ കിടന്നുറങ്ങിയാൽ വണ്ടി ഓടിച്ചവിടെ എത്തില്ല അവിടെ രജസ് പ്രവർത്തിക്കണം അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിന് ഏത് ഗുണത്തിൻ്റെ സഹായമാണോ ആവശ്യമുള്ളത് അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അതിൻ്റെ ആധിക്യമാണ് അതത് സമയത്ത് എല്ലാ മനുഷ്യരിലും ഉണ്ടാവുക കേവല സാത്വികർ കേവല രാജസികന്മാർ കേവല താമസികന്മാർ ആരുമില്ല എന്നറിയുക എങ്കിലും ഒരു വ്യക്തിയിൽ ഏതാണോ അധികമുള്ള ഗുണവിശേഷം അതായിരിക്കും അവനിൽ പ്രബലമായിട്ട് ഏത് ഗുണവ്യാപാരം ചെയ്യുന്ന സമയത്ത് മുന്നിട്ട് നിൽക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് സമാന സാഹചര്യത്തിൽ ഒരു വ്യക്തി പ്രതികരിക്കണ പോലെയല്ല വേറൊരു വ്യക്തി പ്രതികരിക്കുക രണ്ടുപേരും പ്രതികരിച്ചു വരും പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ സാത്വ രാജസീക ഭാവത്തിൻ്റെ ഉണർച്ച ഉണ്ടായി പക്ഷേ ഒരാൾ സത്വാധിക്യമുള്ള ആൾ പ്രതികരിക്കണ പോലെ ആവില്ല രചോധിക്കമുള്ള ആൾ പ്രതികരിക്കുക അതുപോലെ ആവില്ല താമസികൻ പ്രതികരിക്കുക ശ്രദ്ധിക്കുക ആ ഉദാഹരണം ദുർവാസാവു മഹർഷി ദുർവാസാവു ദുർവാസാവിന് എന്താ കുഴപ്പം ആയിരുന്നു ആ ദുർവാസാവോ പെട്ടെന്ന് ശാപം കഴിയും ഒക്കെ ഉപകാരത്തിനാ ദുർവാസാവിന്റെ ശാപങ്ങളോ ഒക്കെ ഉപകാരത്തിനാ വന്നത് ഒരു ഒറ്റ ശാപവും ഉപദ്രവത്തിൽ വന്നിട്ടില്ല കുറച്ചു കാലം കഷ്ടപ്പെടും കഷ്ടപ്പെടേണ്ട ആരെങ്കിലും നേരെയാവോ സസ്യാഹാരിയായ തികഞ്ഞ തപസിയായ അദ്ദേഹം പലപ്പോഴും മുൻകോപത്തിന് അടിമപ്പെടുന്നയാളാണ് പലരും അദ്ദേഹത്തെ മുൻകോപത്തിന് അദ്ദേഹത്തിൻ്റെ മുൻകോപത്തിനിരയായിട്ടുമുണ്ട് തൻ്റെ മുൻകോപത്താൽ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടായ സന്ദർഭവും ഉണ്ടായിട്ടുണ്ട് അവർക്കുണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാമോ ആ സമയത്ത് രജസ് കൂടുതൽ പ്രവർത്തിച്ചു അത് എളുതാണ് ലളിതമാണ് ഇവിടെ ദുർവാസാവ് വിജ്ഞാനിയായിരുന്നോ അല്ലയോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടത് അതത് സമയത്ത് പ്രവർത്തിക്കുന്ന ഗുണാധിക്യത്താൽ അയാൾ ബാധിക്കപ്പെട്ടോ എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് വ്യക്തമാക്കാം ഗുണങ്ങളെ മുഴുവൻ അതിക്രമിച്ച ഒരു മഹാൻ വിജ്ഞാനിയായ ഒരു മഹാപുരുഷൻ വിജ്ഞാനിയായൊരു മഹാപുരുഷൻ സർവഗുണവ്യവസ്ഥയെയും അതിക്രമിച്ചൊരു മഹാപുരുഷൻ അവൻ്റെ ലക്ഷണം ഭഗവാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപക്ഷെ ഗീതയിൽ തന്നെ ഭഗവത്ഗീതയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ശ്ലോകമേതാണെന്ന് ചോദിച്ചാൽ അതിൽ പറയേണ്ടുന്നൊരു ശ്ലോകമാണ് പ്രകാശം ച പ്രവൃത്തി പാണ്ഡവ നദ്വേഷി സംവൃത്താനി നീവൃത്താനി കാക്ഷതീ പ്രകാശമാകട്ടെ പ്രവൃത്തിയാവട്ടെ മോഹമാവട്ടെ പ്രവർത്തിച്ചാലും നിവർത്തിച്ചാലും കാക്ഷിക്കുന്നു ദ്വേഷിക്കുന്നു ഇല്ല ഇതാണ് ഒരു വിജ്ഞാനിയുടെ ലക്ഷണം പ്രകാശം സത്വഗുണത്തിൻ്റെ കാര്യമാണ് പ്രവൃത്തി രജോ കാര്യമാണ് മോഹം തമോ ഗുണത്തിൻ്റെ കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ പ്രവർത്തിച്ചാലും നിവർത്തിച്ചാലും കാക്ഷയുമില്ല ദ്വേഷവുമില്ല ചെറിയ ഉദാഹരണം പറയാം ഒരു സാധകൻ വിദ്യാർത്ഥി ഇപ്പം സാധകനായൊരു വിദ്യാർത്ഥിക്ക് നല്ല തെളിച്ചമുണ്ട് ബുദ്ധിക്ക് നല്ല തെളിച്ചം നല്ല പഠിക്കാൻ കഴിയുന്നു പ്രകാശം തത്വകാര്യം അപ്പോൾ നല്ല സന്തോഷമുണ്ടാവും ഹൈ നല്ല സുഖം നല്ല പഠിക്കണമൊക്കെ മനസ്സിലാവുണ്ട് പറയണമൊക്കെ മനസ്സിലാവുണ്ട് നല്ലൊരു തെളിച്ചുണ്ട് ബുദ്ധിക്ക് സന്തോഷമുണ്ടാവും അതേയാൾക്ക് ഒന്നും മനസ്സിലാവണില്ല തമസ്സ് ബാധിച്ചിരിക്കുക അയ്യോ വല്ലാത്ത ദുഃഖം എന്നൊന്നും മനസ്സിലാവണില്ല പറയണത് തമസ്സ് ബാധിച്ചിരിക്കുക ബുദ്ധിക്ക് സങ്കടം ഉണ്ടാവും അല്ലെങ്കിൽ രജസ് ക്രിയാത്മകത കൊണ്ട് അയാൾക്ക് സാധിക്കുന്നില്ല ക്രോധം കാമം ഇത്യാദിയൊക്കെ വരികയാണ് രാജസികം അപ്പൊക്കെ വിഷമം ഉണ്ടാവും വല്ലാതെ കാമചിന്തകൾ വരുന്നു അല്ലെങ്കിൽ വല്ലാത്ത ക്രോധങ്ങളൊക്കെ വരുന്നു എന്താ അത് അപ്പോ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നിവർത്തിക്കുമ്പോഴും ഒന്നുകിൽ കാക്ഷയോ അല്ലെങ്കിൽ ദ്വേഷമോ ഉണ്ടാവും മറ്റുള്ളവർക്ക് എന്നാൽ വിജ്ഞാനിയെ സംബന്ധിച്ച് ഇത് മൂന്ന് പ്രവർത്തിച്ചാലും ഒരുപോലെയാ നിവർത്തിച്ചാലും ഒരുപോലെയാ ഓർമ്മയില്ല മറവിയാണ് സന്തോഷം തമസിന്റെ കാര്യമാണത് കുറച്ച് ഞങ്ങൾ പോവും നല്ല തെളിച്ചുണ്ടല്ലോ നല്ല സുഖമുണ്ട് ബുദ്ധിക്ക് ആയിക്കോട്ടെ അത് സത്വത്തിന്റെ കാര്യമാണ് അത് വന്നു പോവും ക്രോധം വരുന്നു കാമം വരുന്നു രജസിന്റെ കാര്യമാണ് അത് വന്നു പോയിക്കോളും എന്ത് പ്രവർത്തിച്ചാലും കൊള്ളാം നിവർത്തിച്ചാലും കൊള്ള അതിനാൽ ബന്ധിക്കപ്പെടുന്നില്ല അതൊക്കെ അപ്പ കഴിയും ഒന്നും പിന്നത്തേക്കില്ല അതാണ് വിജ്ഞാനിയുടെ ലക്ഷണം ആവുമ്പം ക്രോധം ഉണ്ടായി നിവരം കുറച്ചു നേരം ഇയാളാണോ ക്രോധിച്ചതെന്ന് സംശയം ഉണ്ടാവും ഇതുപോലെ ഓരോന്നും മനസ്സിലായിക്കൊള്ളാം ഇങ്ങനെ ഗുണ വിക്രിയകളാൽ ബന്ധിക്കപ്പെടാതിരിക്കുന്നതാണ് വിജ്ഞാനിയുടെ ലക്ഷണം ദുർഭാസ എവിടെ തന്നെ ക്രോധിച്ചാലും തൊട്ടടുത്ത് കാണാം അദ്ദേഹം സന്തോഷമായിട്ട് നടന്നു പോകണത് അയ്യോ എനിക്ക് ക്രോധം വന്നില്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചവിടെ ഇരുന്നിട്ടൊന്നും ഇല്ല കഴിഞ്ഞു ബ്രോധം കഴിഞ്ഞു അത് വിസർജിച്ചു കഴിഞ്ഞു പ്പെട്ടിട്ടുണ്ടോന്നറിയില്ല അതുപോലെ രജോ ഗുണവും തമോ ഗുണവും ഉള്ളവർ പോലും ചില സന്ദർഭങ്ങളിൽ തികച്ചും സാത്വികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കാണാം തീർച്ചയായിട്ടും കാണാം കാരണം സത്വഗുണം അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഗുണങ്ങൾ നിശ്ചയിക്കുന്നതിൽ സാഹചര്യങ്ങൾക്ക് വലിയ പങ്കില്ല ഒരുപാട് പങ്കുണ്ട് ഒരുപാട് പങ്കുണ്ട് പക്ഷേ സാഹചര്യം സ്വാധീനിക്കുമെങ്കിലും തൻ്റെ ഉള്ളിലുള്ള ഗുണഘടന തന്നെയാണ് ചെയ്യുന്നത് അത് സത്വരജസ്തമവും മിശ്രമാണ് എല്ലാവരുടെയും ഗുണഘടന സാത്വിക ഗുണം പ്രധാനം ചെയ്യുന്നതിൽ ഭക്ഷണത്തിന് വലിയ പങ്കുണ്ടെന്ന് സ്വാമിജി പറഞ്ഞു സസ്യാഹാരം കഴിക്കുന്നവരിൽ സാത്വിക ഗുണം കൂടുതൽ ഉണ്ടായിരിക്കുമെന്നാണ് സ്വാമിജി ഉദ്ദേശിച്ചതെന്ന് കരുതുന്നു സസ്യാഹാരം എല്ലാം സാത്വികമാണെന്നർത്ഥമില്ല എല്ലാ സസ്യാഹാരവും സാത്വികമല്ല ഉള്ളി വെള്ളുള്ളി ഇതൊന്നും സാത്വികമല്ല മുരിങ്ങാക്കായ കുമിള് ഇതൊന്നും സാത്വികമല്ല ചോറ് നമ്മൾ തിളപ്പിച്ച് അതിൻ്റെ സത്ത് മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് ചണ്ടി കഴിച്ചാൽ അത് സാത്വികമല്ല താമസികമാണ് ഇപ്പം സസ്യാഹാരം മുഴുവൻ സാത്വിക എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വയ്യ അതിൽ തന്നെ രാജ്യസിംഗം താമസിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് യഹൂദരെയും മറ്റും കൊന്നൊടുക്കിയ ഹിറ്റ്ലർ തികഞ്ഞ സസ്യാഹാരി ആയിരുന്നു എന്നാണ് വായിച്ചത് ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചൊരു വിശദീകരണം നൽകാമോ ഹിറ്റ്ലർ ഒന്നല്ലേ ഉള്ളൂ ഹിറ്റ്ലർ രണ്ടുണ്ടോ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ദൃഷ്ടാന്തമല്ല ഹിറ്റ്ലറുടത് മാത്രവുമല്ല ഹിറ്റ്ലറെ ഹിറ്റ്ലറാക്കിയ സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും ഹിറ്റ്ലർ എങ്ങനെ അത് നമ്മൾ നല്ലോണം പഠിക്കണം ഏതായാലും അതിലേക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല തൽക്കാലം ഇന്നത്തത് ഉപസംഹരിക്കുന്നു ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ Oh ma